ശ്രീമദ് ഭാഗവതം ദ്രവരൂപത്തിലുള്ള അമൃതമാണ് ദ്രവം എന്ന് വെച്ചാൽ ഒഴുകുന്നത് ലിക്വിഡ് ജലം ദ്രവരൂപത്തിലാണ് ആ ജലം തന്നെ കട്ടിപിടിക്കുമ്പോ അതിന് സാന്ദ്രം സാന്ദ്രം എന്ന് വെച്ചാൽ ഖനി ഭവിച്ചത് കട്ടിപിടിച്ചത് എന്നർത്ഥം ജലരൂപത്തിലിരിക്കുമ്പോ അത് ദ്രവം ജലം കട്ടിപിടിക്കുമ്പോ അത് ഐസ് അതേപോലെ ഭാഗവത രൂപത്തിലിരിക്കുമ്പോ അത് ദ്രവം നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിസം ആലയം മുഹുരഹോരസിക്കാ ഭുവിഭാവു പിപദ ഭാഗവതം രസം ദ്രവമാവുമ്പോ പിപത കുടിക്കൂ അത് കട്ടപിടിച്ചതാണെങ്കിൽ ഖാദത് എന്ന് പറയണം കടിച്ച് ല ഫാം പാനം പണ ഇല്ല കുടിക്കുന്നത് തമിഴ്ക്കാരൊക്കെ തരി നമുക്കാര സാപ്പിടത് ജലം സാപ്പിട പാനം പണ അത് കട്ടയായിട്ട് അത് സാപ്പിടത് തന്നെ ചല്ലേ തമിഴ്ക്കാര നലയാളമേ തീരുന്നവ കൂടെ വന്നിട്ട ഇപ്പൊ എന്തിനാ പറഞ്ഞു വരണെന്ന് വെച്ചാൽ കരുണ എപ്പോഴും ദ്രവമാണ് കാരുണ്യം ദ്രവഹൃദയ പ്രമോദാത്ത് ഭാഗവതം പറഞ്ഞു ചിത്ത ആർദ്രീ ഭാവം നമുക്ക് പ്രിയം ഉണ്ടാകുമ്പോൾ കരുണ ഉണ്ടാകുമ്പോൾ ദയം ഉണ്ടാകുമ്പോൾ സ്നേഹം ഉണ്ടാകുമ്പോ അപ്പൊ നമ്മൾ എന്ത് പറയും കല്ലുപോലെയുള്ള ഹൃദയം ദ്രവിച്ചു ഉരുകി മെൽട്ടിംഗ് ആ ദ്രവം ഘനീഭവിച്ച് രൂപം കൊണ്ട് നിൽക്കുമ്പോ കരുണ എപ്പോഴും ദ്രവമാണ് പക്ഷെ കരുണ ധനീഭവിച്ച് നിൽക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും സാന്ദ്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുമ്പോ തന്നെ ഭക്തന്മാർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഗുരുവായൂരൊപ്പം കരുണയ്ക്ക് ഒരു മൂർത്തരൂപം കൊടുത്ത് അത് ഘനമായി നിൽക്കുന്നതാണ് ഭഗവാന്റെ ദിവ്യരൂപം അച്ചാവതാരൂപം ഭഗവാന്റെ കരുണ എന്താണ് കരുണ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മളോട് കരുണ കാണിക്കണു എന്നുള്ളതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല നമ്മൾ ഭഗവാൻ നമ്മളോട് കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ ആര് കരുണ കാണിക്കും ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു ഞാനാണ് ആകുപ്പാടമുള്ള ഗതി ഭർത്ത പ്രഭു സാക്ഷി അച്ഛൻ അമ്മ മാതാ പിത എല്ലാം അപ്പൊ അച്ഛനും അമ്മയും തന്റെ കുഞ്ഞിനോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് കാണിക്കും സാധാരണ കുട്ടിക്കുറുമ്പ് കാണിച്ചാൽ ചിലപ്പോ അമ്മ അടിക്കും അമ്മ അച്ഛൻ എടുത്തു അടിയിൽ വെച്ച് ലാളിച്ച് കരയേണ്ടാട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും കുറുമ്പ് കാണിക്കുമ്പോഴാണ് അടികിട്ട് ചിലപ്പോ അമ്മ അടിച്ചാൽ അച്ഛൻ എടുത്തും അടിയിൽ വെച്ച് ലാളിച്ച് കരയേണ്ടാട്ടോ എന്ന് കണ്ണു തുടച്ച് ആശ്വസിപ്പിക്കും ഒരു ഭക്തൻ പറഞ്ഞു എന്റെ ഗതി മഹാമോശമാണ് എന്താന്ന് വെച്ചാൽ സാധാരണ ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു അച്ഛനും ഉണ്ടോ ഒരു അമ്മയും ഉണ്ടോ ഒരാൾ അടിച്ച ഒരാൾ എടുത്ത് ആലിംഗനം ചെയ്യും എന്റെ ഗതി എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഒരേ ആളായി അമ്മയും അച്ഛനും ഒരേ ആളായാൽ അടിച്ച ആള് തന്നെ എടുത്ത് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കണം വേറെ ആരും എനിക്ക് ഇല്ല തമിഴ്ക്കാരാൾക്കെല്ലാം ഇല്ല പാട്ട് തടിത്തവോർ മകനെ തായ ഈർന്ന് അടിത്താൽ തന്ത അണയപ്പൻ തടിത്ത ഓർ മകനെന്ന് തടിച്ച മകൻ അർത്ഥമല്ലേ തോന്നിയവാസിയായിട്ട് നടക്കണം മകൻ അർത്ഥം പറഞ്ഞാൽ കേൾക്കാതെ തടിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം കുറച്ചുകൂടെ വേദാന്തപരമായി ചിന്തിച്ചാൽ വാസനകൾ ബലമായി ബലമായി ബലമായി തടിക്കും തോറും നമ്മൾ ഭഗവാന്റെ ഒരു ഭക്തൻ പറഞ്ഞു മെലിഞ്ഞപ്പോ ഭഗവാനും ഇളച്ചപ്പോ ഉണ്ടിക്ക ഭഗവാന അകന്ത അകുന്ന മൂട്ടയിലു ഡൗൺ അൻ ഡൗൺ ഡൗൺ സംസാര സമുദ്രത്തിലെ ആഴാഴ ആഴ പോയിണ്ടേക്കിത്തം ശുദ്ധമാക ഭഗവാൻ കിട്ട കിട്ട കിട്ട പോയിണ്ടിപ്പോ ഈശ്വരൻ കിട്ട കിട്ട കിട്ട അടുത്തിണ്ടേർപ്പോ ചിത്തം അശുദ്ധമാവുമ്പോ ഭഗവാനിൽ നിന്ന് അകന്നുപോയി ചിത്രം ശുദ്ധമാകുമ്പോ ഭഗവാന്റെ അടുത്ത് വന്നു പക്ഷേ ചിലപ്പോഴൊക്കെ ചില കുട്ടികൾ വീട്ടിൽ നിന്ന് കളിക്കാൻ പോയാൽ തിരിച്ചു വരികയില്ല നിർബന്ധമായിട്ട് അച്ഛനോ അമ്മയോ പിടിച്ചു വലിച്ചുകൊണ്ടുവരണം ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിൽ നാല് അടി കൊടുത്തിട്ട് വലിച്ചുകൊണ്ടുവരണം ചില കുട്ടികൾ അടിച്ചാലും വരില്ല അപ്പൊ എന്തെങ്കിലും ആകർഷകമായി വസ്തു കാണിച്ചു വരണം ആകർഷകമായ വസ്തുവും കാണിച്ചിട്ടും ചിലർ വരില്ല അപ്പൊ അമ്മ എന്ത് ചെയ്യും അത്ര കുട്ടിയെ പ്രിയത്തോടുകൂടെ നോക്കിക്കൊണ്ട് ഉദാസീന ഭാവത്തിൽ എന്നെ ഒന്നും വയ്യ നീ വരികയാണെങ്കിൽ വരൂ എന്ന് പറഞ്ഞ അമ്മ നോക്കുമ്പോ കുട്ടിയുടെ ഹൃദയത്തിൽ അമ്മയുടെ കരുണയെക്കുറിച്ച് ഒരു ചെറിയൊരു ഭാവം അമ്മയുടെ കരുണോ കരുണയെ കണ്ട് ആകൃഷ്ടനായി ഈ കുട്ടി അമ്മയുടെ അടുത്തേക്ക് വരണ പോലെ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഈ ജീവൻ പുറമേക്ക് അലഞ്ഞലഞ്ഞ് അലഞ്ഞ് അലഞ്ഞ് നടന്ന് പുറം വിഷയങ്ങളിലൊക്കെ തെണ്ടി കൂടി ഭഗവാനെ എന്തൊക്കെയോ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതൊക്കെ ചോക്ലേറ്റ് കൊടുക്കണ പോലെയാണ് അല്പൽപ്പം നമുക്ക് ഭഗവത് രുചി കാണിച്ചിട്ടും തിരിച്ചു വരണില്ല എന്ന് കാണുമ്പോഴാണ് ഭഗവാൻ ഒരു പ്രത്യേക രൂപത്തിൽ ആവിർഭവിച്ച് നമ്മളെ ആകർഷിക്കണത് ഇപ്പൊ ഗുരുവായൂർന്ന് പറഞ്ഞപ്പോ എത്ര പേരാ വന്നിരിക്കണം നോക്കൂ ഭാഷ തരിയാതെ വാഴ വന്നിരിക്കാൻ ഏ വന്നിരിക്കാനും പ്രവചനം കാകൃതക്കല്ല ഗുരുവായൂരിൽ ഗുരുവായൂരൊപ്പം നമുക്ക് ആക്കരത്തി കൃഷ്ണൻ ഫാകർ അടിക്കടി പോയി പാത്തിട്ട് വല്ല ഏഴ് നാളൊക്കെ അല്ല ഭഗവാൻ ചെയ്ത ഒരു കാരുണ്യം ഇപ്പൊ ഈ സപ്താഹം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നു അതിനു എനിക്കും ഗുരുവായൂരപ്പനും മാത്രം അറിയുന്ന ഒരു കഥയുണ്ട് അത് എന്നോടുകൂടെ തന്നെ അസ്തമിച്ചു പോകും ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ശ്രീമദ് ഭാഗവതം ഏഴു ദിവസം സപ്താകം ആയിട്ട് പാരായണം പ്രഭാഷം തമിഴ്നാട്ടിലെല്ലാം ഇങ്ങനെ സമ്പ്രദായം കഴിയാതെ ഇപ്പം കാത്താലും സായന്ത്രം വരെ പാരായണം പ്രവചനം പണ്ടത് ഇങ്ങ സമ്പ്രദായം കിടയാ അപ്പൊ അത് നമുക്ക് തപസ്സാ ഏഴു നാൾ ഉടക്ക ഇക്ക ഭവത സപ്താകം ഇല്ല അത് ആമുഖം പ്രിഫേസ് മാറി സപ്താഹം എപ്പി കേക്കണം സപ്താഹം എന്നത് സപ്താഹത്തോട് ഫലം എന്ന അപ്പൊടി ഒരു ആമുഖം താൻ ഇ മഹാത്മ്യത്താളി സപ്താഹ്മാ ഭാഗവതം നാളെ തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹം എപ്പി പണമ വിധിയെ പാത്മ പുരാണത്തിലെ ആറ് അധ്യായം ഇന്ന് ആറ് അധ്യായം വന്ന് ശ്രീമത് ഭാഗവത മഹാത്മ്യം പേരിൽ ഇക്ക് തമകാരത് ഇന്ന് സമ്പ്രദായം പരിചയം ഇല്ലാത്തതിനാലേ അത് മാത്രം ഇൻക്ക് ഒരേ അധ്യായം പാരായണം അന്ന് ഒരു അധ്യായ പാരായണത്തിക്ക് അപ്പുറം മഹാത്മ്യ പ്രഭാഷണം അത് ഇടയിലെ ഇങ്ങ മഹാത്മാ വരപ്പോ എല്ലാ അവർ തരും മള്ളിയൂർ ശങ്കരനും മൂത്രി ഇത്രയോ വർഷമാ അനേക സഹസ്ര ഭവത സപ്താകം അപ്പൊ ഭാഗവത സപ്താകം പണിയും സപ്താകം അല്ല തപസ്സോടെ സപ്താ ഇപ്പൊ അവർ ചെന്ന മാ തപസ്സില പഴുത്ത പഴം അത് നാം പാർട്ട് ഉള്ള അവരെ പാത്താലേ തരും രാമായണത്തിലെ വാൽമീകി രാമായണത്തിലമർ കാട്ട് വരുത്ത ഇത് ഇന്നെ ഋഷി ഇവർക്ക് ഇന്നെ മഹിമ അപ്പൊക്കണം രാമർ വന്ന് ലക്ഷ്മണനുക്ക് കൊടുപ്പർ ഇത് ഇന്ന ഋഷി ഇവർക്ക് ഇന്ന മഹിമിക്കൊടുപ്പർ ആ അഗസ്തീർ പാക്ക് മാത്രം അഗസ്തീർ അപ്പിടി തൻ ആശ്രമത്തിലേക്ക് വരാർ അവർ ചൊല്ലിക്കൊടുക്കവേ വേണ്ട ലക്ഷ്മണൻ കിട്ടാർ നിധാനം തപസാം ഇമം അഗസ്തരനെ കാണുമ്പോ രാമൻ ലക്ഷ്മണനോട് പറയാണ് ഇതാരും പറഞ്ഞു തരണ്ട ഇത് അഗസ്ത്യരാണെന്ന് തപസ് മൂർത്തരൂപം പൂണ്ട് തപസ് രൂപം പൂണ്ട് നിൽക്കാണ് നിധാനം തപസ്മിമം തപസ്സിന്റെ തന്നെ മൂർത്തി രൂപമാണ് അതുപോലെയുള്ള മഹാത്മാക്കൾ സാധുക്കളുടെ ദർശനം കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ മുഖ്യം ഭാഗവതധർമ്മം ഇന്ന് മണിയൂർ തിരുമേനി ഇവിടെ വരാൻ പോകുന്നു അതിനു മുമ്പായിട്ട് ഈ മഹാത്മ്യ പാരായണം ഇവിടെ നടക്കും ഒരധ്യായം പാരായണം അതിനകം അദ്ദേഹത്തിന് വരാനുള്ള സമയമാവുമെന്ന് വിചാരിക്കാം നമുക്ക് അതിനുശേഷം സമയമുള്ളത്ര മഹാത്മ്യ പ്രഭാഷണം പിന്നെ നാളെ മുതൽ സപ്താഹം തുടർന്നുണ്ടാവും ഇവിടെ എത്രയോ ദൂരത്ത് നാളുകൾ വന്ന് ബോംബെയിൽ നിന്നുള്ളവരൊക്കെ വന്ന് എത്തുന്നു പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചില്ല അത്രയധികം ട്രെയിൻ ലേറ്റായിട്ടും ഗുരുവായൂരൊപ്പം പിടിച്ചുകൊണ്ട് വന്നു ഏതായാലും ഇപ്പൊ ഒരു അധ്യായം മഹാത്മ്യം പാരായണം അതിനുശേഷം പ്രഭാഷണത്തിലേക്ക് കടക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ശ്രീമദ് ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ ശൗനക മഹർഷിയോട് സൂതൻ ചോദിക്കുക ഭാഗവതവും നൈമിഷാരണ്യത്തിൽ സൂതനോട് ശൗനക മഹർഷി ചോദിക്കുക എല്ലായിടത്തും ചോദിക്കുന്ന ആള് ശൗനകനാണ് ഉപനിഷത്തിൽ ശൗനകനെക്കുറിച്ച് ഒരു പ്രതിപാദനമുണ്ട് മുണ്ടകോപനിഷത്തിൽ ശൗനക മഹർഷി അങ്കിരസനോട് ചെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു വളരെ പ്രസിദ്ധമായൊരു ചോദ്യം ശൗനകോഹവൈ മഹാശാലഹം അങ്കിരസം വിധിവതുപസന്നപ്രഛ കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി വളരെ പ്രസിദ്ധമായൊരു ചോദ്യമാണ് മഹാശാലഹ ശൗനക ശൗനക മഹർഷി വലിയ വേദപാഠശാലയൊക്കെ നടത്തുന്ന ആളാണ് എത്രയോ ഋഷികൾക്ക് കുലപതിയായി ഗുരുവായിട്ടുള്ള ആളാണ് ശൗനകൻ ആ ശൗനക മഹർഷി അങ്കിരസ മഹർഷിയോട് ചെന്ന് ചോദിക്കുകയാണ് ഭഗവാനെ എനിക്കൊരു സംശയം ഉദിച്ചിരിക്കും എന്താ സംശയം എന്ന് വെച്ചാൽ ോ ഒന്ന് അറിയപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ അറിയപ്പെടും അല്ലാതെ ഇപ്പൊ ഈ വേദം പഠിച്ചു പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു എത്രയോ കാലമായി ഇതിനൊരു അന്തമില്ല ആദിയില്ല മതി എന്നൊരു തൃപ്തി വരണില്ല നമുക്ക് എപ്പോഴെങ്കിലും ഒരു ജിജ്ഞാസാ നിവൃത്തി വരണം ജിജ്ഞാസാ നിവൃത്തി എന്ന് വെച്ചാൽ ഇനിയൊന്നും അറിയാനില്ല മതി മനസ്സ് അടങ്ങി ശാന്തി ഇനിയൊന്നും അറിയണ്ട എട്ടു വിധത്തിലുള്ള നിവൃത്തി വരണം അറിയാനില്ല എന്നുള്ള നിവൃത്തി വരണം ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള നിവൃത്തി ഇനി ഒന്നും ഉപേക്ഷിക്കാനില്ല എന്നുള്ള നിവൃത്തി സങ്കൽപ്പം നിവൃത്തമാവണം ഭയം നിവൃത്തമാവണം രണ്ടുണ്ട് എന്നുള്ള ഭ്രമം നിവൃത്തമാവണം സങ്കൽപ്പ നിവൃത്തി ഭയനിവൃത്തി ശോക നിവൃത്തി ജിജ്ഞാസാനിവൃത്തി ഇങ്ങനെ അനേകം ഇതൊക്കെ വിട്ടുപോകണമെന്ന് അപ്പോ ഏതോ ഒന്നിനെ പിടിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പിടിപെടും ഏതോ ഒന്നുണ്ട് അങ്ങനെ കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി ഹേ ഭഗവാനെ ഏതോ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അറിയപ്പെടും പറയണമല്ലോ അതെന്താ അങ്ങനെ വല്ലതും എനിക്ക് പറഞ്ഞു തരും സർവവിജ്ഞാനം അപ്പോ ശൗനകൻ പറഞ്ഞു അങ്കിരസൻ പറഞ്ഞു സാധാരണ രണ്ടു വിധത്തിലുള്ള അറിവുണ്ട് ഒന്ന് പഠിച്ച് അറിയുക തമിഴിൽ എന്നെ ചൊല്ലോ എന്നെ ചൊല്ലുവേ ക അറിവ് ഇല്ല പഠിച്ച് പഠിച്ച അറിവ് എന്തൊക്കെ തന്നെ പഠിച്ചാലും വേദം പഠിച്ചാലും ശരി ഉപനിഷത്ത് പഠിച്ചാലും ശരി ഭഗവത്ഗീത പഠിച്ചാലും ശരി ഇനിയിപ്പോ ഭാഗവതം തന്നെ ബഹിരംഗമായിട്ട് പഠിക്കാം ഭാഗവതത്തിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുക്കാം അതിനാണ് ബഹിരംഗ പരീക്ഷണം എന്ന് പറയാം ഭാഗവതത്തിൽ എത്ര ശ്ലോകമുണ്ട് ഈ ശ്ലോകമൊക്കെ തന്നെ ഭാഗവതത്തിൽ ഉള്ളതാണോ അല്ല പുറമേ നിന്ന് ആരെങ്കിലും കടത്തിയിട്ടുണ്ടോ ഇനി ഭാഗവതത്തിൽ ഭാഗവതം എഴുതിയപ്പോ ഭാരതത്തിന്റെ ചരിത്രം എന്തായിരുന്നു ഭാഗവതത്തിലൂടെ ഭാരതത്തിന്റെ ചരിത്രം ഇങ്ങനെയൊക്കെ പഠിക്കാം ഇതിന് ബഹിരംഗ പരീക്ഷണം എന്ന് പറയും ഇതൊക്കെ പഠിച്ച് ബുദ്ധിയിൽ അറിഞ്ഞു ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധിയിൽ അറിയുന്നതിനും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ മെനക്കിട്ട് ബുദ്ധിയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അപ്പോ ഒന്ന് ഇട്ടാൽ മതി കാണാം ഇങ്ങനെ വെറുതെ കമ്പ്യൂട്ടറിൽ വയ്ക്കുന്ന പോലെ ബുദ്ധിയിൽ വയ്ക്കുന്നതിന് അങ്കിരസൻ പറഞ്ഞു അപരാവിദ്യ അത് അപരാവിദ്യ കറ്റ അറിവ് ഈ അപരാവിദ്യ നമുക്ക് പാരമാർത്ഥികമായി പ്രയോജനപ്പെടില്ല ആ അപരാവിദ്യയിൽ എല്ലാത്തിനെയും അടക്കി ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തോ ജ്യോതിഷം ഇതി ആറ് അംഗങ്ങളോടുകൂടെ നാല് വേദങ്ങളെയും അധ്യയനം ചെയ്യുന്നതിനെ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു ഇത് അപരാവിദ്യ അതിനെ തന്നെ അപരാവിദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഫിസിക്സ് ഡോക്ടറേറ്റാണ് കെമിസ്ട്രി ഡോക്ടറേറ്റാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെയൊക്കെ എവിടെ വെക്കുന്നു പറയാൻ വയ്യ വേദം പഠിച്ചാള് വ്യാകരണാദി ശാസ്ത്രങ്ങൾ പഠിച്ചാള് എല്ലാം പഠിച്ച ആളെ കുറിച്ച് അങ്കിരസൻ എന്ന് പറയുന്ന ഋഷി ആരെങ്കിലും നൊച്ചൂർ വെങ്കട്ടരാമൻ പറഞ്ഞ അറിവില്ല എന്ന് പറയാം അങ്കിരസൻ എന്ന് ഋഷി പറയണു ഇതൊക്കെ യൂസ്ലെസ് അപരാവിദ്യ എന്താ അപരാവിദ്യ എന്ന് പറഞ്ഞ അപരാവിദ്യ എന്ന് വെച്ചാൽ അതൊരു വിദ്യയല്ലേ എന്ന് ചോദിച്ചപ്പോ ശങ്കരാചാര്യ സ്വാമികൾ ചുവട്ടിൽ ഒരു കമൻട്രി എഴുതി അപരാവിദ്യ അവിദ്യ ഈ അപരാവിദ്യ എന്ന് പറയുന്നത് അവിദ്യയാണെന്ന് എന്താന്ന് വെച്ചാൽ അറിയാത്ത ആളെങ്കിലും സമാധാനമായിട്ടിരിക്കും അറിഞ്ഞ ആളെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ പ്രയോജനപ്പെടുന്നു മഹാഭക്ഷണവും കറ്റ അറിവാൾ കണ്ടവൻ പോൽ ആടിൽ കുറ്റം എന്ന് എൻ കുതിക്കും പരാപരമേ തായ്മാനവ സ്വാമികൾ തമിഴിലുള്ളവർക്കൊക്കെ അർത്ഥം പറയാതന്നെ മനസ്സിലാവും കത്ത് അറിവാൻ കണ്ടവൻ പോൽ ആടിൽ പഠിച്ചുമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ബ്രഹ്മമാണ് ആത്മാവാണ് ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞാലും ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറ്റിക്കാം കുറ്റം എന്ന് നെഞ്ചേ കുതിക്കുക ഈ അവനവന് പ്രയോജനപ്പെടില്ല അപ്പൊ ഉള്ളില് കുറ്റം കുറ്റം തോന്നും എത്ര എന്നുവെച്ചാൽ സമാധാനമില്ല മനസ്സടങ്ങണില്ല ശാന്തി ഉണ്ടാവണില്ല അപ്പൊ ഇത് മുഴുവൻ അപരാവിദ്യയാണെങ്കിൽ എന്താണ് പരാവിദ്യ പരാവിദ്യ എന്താ ഒരു നമ്മുടെ നാടൊക്കെ വിട്ട് പുറം ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മിസ്റ്റിക്സ് നമ്മളുടെ ഇടയിൽ മാത്രമല്ല അവരുടെ ഇടയിലും ഒക്കെ മഹാത്മാക്കൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് വിളിച്ചിരുന്നു ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് വെച്ചാൽ ആരും അറിയാതെ എവിടെയോ ഏകാന്തത്തില് നമ്മളുടെ സന്യാസികളെ പോലെ തന്നെ ചാക്കു വളരെ ഉയർന്ന തലത്തിലുള്ള ഭഗവത് അനുഭവത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് പലർക്കും എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല പഠിക്കാനും അറിയില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു മൂന്ന് സാധുക്കളുടെ ഒരു കഥ വായിച്ചു ഒരു ക്രിസ്ത്യൻ പാതിരി ഇതൊക്കെ ഭാഗവതമാണ് കേട്ടോ നിങ്ങളുടെ ഭാഗവതം പറയാൻ പോയി ഇതൊക്കെ പറയണമല്ലോ നമ്മുടെ മഹാത്മ്യൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഭാഗവതം ഭാഗവതം എന്ന് വെച്ചാൽ എന്താ ഭഗവതഹാ ഇതം ഭാഗവതം ഭഗവാനെ കുറിച്ചുള്ള കഥയാണ് ഭാഗവതം അതിന് വ്യാസഭഗവാൻ ഒരു രീതി നമുക്കുണ്ടാക്കി തന്നു അത്രയേ ഉള്ളൂ ഈ ഭാഗവത ഗ്രന്ഥത്തിൽ ഇതേപോലെ നിങ്ങൾ പറയാതാണ് എങ്ങനെയാണെങ്കിൽ ഭഗവാനോട് ഭക്തി വരുമോ ഇതി സങ്കല്പ്യവർണ്ണയ അതേപോലെ സങ്കല്പിച്ച് കഥ പറഞ്ഞോളാം ഭഗവാനോട് ഭക്തി വരണം ജീവിതത്തിന്റെ പരമലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് എന്നറിയണം നിങ്ങൾ എന്തു വേണമെങ്കിൽ കച്ചവടം ചെയ്യേ ജോലിക്ക് പോവേ സമ്പാദിക്കുക എന്തു വേണമെങ്കിൽ പക്ഷേ ഇവിടെ ഇതാണ് ലക്ഷ്യം എന്ന് അറിഞ്ഞോളണം കാന്തം വടക്കു നോക്കിയ യന്ത്രം എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കണ പോലെ കപ്പൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ വടക്ക് നോക്കിയന്ത്രം വടക്കോട്ട് നോക്കിയിരിക്കും രാമകൃഷ്ണദേവന്റെ ഒരു ഉദാഹരണമാണ് കപ്പൽ എങ്ങോട്ട് തിരിഞ്ഞാലും വടക്കു നോക്കിയ യന്ത്രത്തിന്റെ സൂചി വടക്കോട്ട് തന്നെ നോക്കിയിരിക്കും എന്നാണ് നമ്മളെല്ലാം ഇപ്പൊ വെച്ചിട്ടുണ്ടോ സന്ധ്യാവന്തര മണ്ഡലത്തിൽ കീ ചെയിൻ ഇങ്ങാവും പോന്നെ കിഴക്ക് മേർക്കേത് പാക് പിടിച്ചുണ്ടെ കാട്ടിൻ്റെ അതുപോലെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എന്തൊക്കെ പ്രവൃത്തിയൊക്കെ ചെയ്യുകയാണെങ്കിലും ലക്ഷ്യം ഭഗവാൻ എന്നുള്ള ഉറപ്പ് ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം എന്നുള്ള ഉറപ്പ് ആ ഉറപ്പ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഭാഗവത് ശാസ്ത്രം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥയ്ക്ക് വരാം ഈ പാതിരി അയാള് വലിയ നമ്മളുടെ കേരളത്തിലൊക്കെ ഭാഷയിൽ പറഞ്ഞ ഇടവക ഇടവകയുടെ ലീഡറാണ് അപ്പൊ അവിടെയൊക്കെ ചെന്ന് എല്ലാവരും ശരിക്കും ബൈബിൾ പഠിക്കുന്നുണ്ടോ ആ ബൈബിളിൽ വിധിച്ച രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കണം ആ പരീക്ഷിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ പരീക്ഷിച്ച് ചെല്ലുമ്പോ കുറെ ഐലൻഡ്സ് ദ്വീപുകളാണ് ദ്വീപുകളുടെ കൂട്ടം അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ബോട്ടിൽ വേണം ചെല്ലാൻ ഓരോ സ്ഥലത്തേക്കും പല സ്ഥലങ്ങളിലും ഇദ്ദേഹം കാണാത്ത ചെറിയ ചെറിയ കൊച്ചു കൊച്ച് ദ്വീപുകൾ അങ്ങനെ ഒരു ദ്വീപിലേക്ക് അദ്ദേഹം ചെന്നു ആ ദ്വീപിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പ്രാകൃതന്മാരായിട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അവർക്ക് ആർക്കും ഇവരുടെ ബൈബിളിൽ വിധിച്ച രീതിയിലുള്ള പ്രാർത്ഥന അവരുടെ ആചാരപ്രകാരം അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ കേൾക്കില്ല എന്നാണ് അതാണ് അപരാവിദ്യ നമ്മള് ഭഗവാനൊരു നിയമം വയ്ക്കണതാണ് അപരാവിദ്യയുടെ മുഖ്യം ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ കേൾക്കില്ല അദ്ദേഹത്തിനും പാവം നല്ല ഇച്ഛയോടുകൂടിയിട്ടാണ് എല്ലാരും ബൈബിളിൽ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കണം അങ്ങനെ അല്ലെങ്കിൽ ഇവരൊക്കെ നരകത്തിലേക്ക് പോവുമല്ലോ കരുണ കൊണ്ടാണ് എത്രയോ ആളുകൾ കൊന്നിരിക്കണത് ആ മതത്തിലേക്ക് ചേർന്നിട്ടില്ലെങ്കിൽ വെട്ടിക്കൊള്ളുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവരൊക്കെ നരകത്തിലേക്ക് പോകും നരകത്തിൽ പോവാതിരിക്കാനാണോ കൊല്ലണത് അപ്പോ ഇങ്ങനെ ഇയാള് ചെല്ലുമ്പോ ഈ ദ്വീപിലൊക്കെ പ്രാകൃതന്മാർ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങളെന്തോ അർത്ഥമില്ലാത്ത കുറെ വാക്കുകൾ അവർ പറഞ്ഞു പക്ഷെ അവരൊക്കെ നല്ല ആളുകളായിട്ട് ഇരിക്കണം സദാചാരന്മാരായിട്ട് ഇരിക്കണോ സമാധാനത്തോടെ ശാന്തിയോടെ ഇരിക്കണോ എങ്കിലും ഇദ്ദേഹത്തിനൊരു സംശയം നമ്മൾ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കാത്ത ഇവര് നരകത്തിലേക്ക് പോവില്ലേ അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ അർത്ഥമില്ലാത്ത ഈ ജൽപ്പനം ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആരാ പറഞ്ഞു എന്ന് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളിവിടെ വളരെ ദൈവത്തിനെ പോലെ ഭഗവാനെ പോലെ കരുതുന്ന മൂന്ന് സാധുക്കളുണ്ട് സാധുക്കൾ എന്ന് ഞാൻ പറയുന്നു അവരുടെ ഭാഷയിൽ ഡെസേർട്ട് ഫാദേഴ്സ് ഡെസേർട്ട് ഫാദേഴ്സ് മൂന്ന് പേരുണ്ട് അവർക്ക് എത്ര വയസ്സായി എന്ന് തന്നെ അറിയില്ല താടിയും തലയുമൊക്കെ നീളത്തിൽ വളർന്ന് ചാക്ക് എന്തോ ഭക്ഷണം പോലും കഴിക്കാറില്ല എവിടെയോ എടുത്തിരിക്കണോ അവരാണ് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു തന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരെടുത്ത് ചെല്ലും അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ വിഷമമൊക്കെ പോവും ഞങ്ങൾക്ക് മനസ്സിന് സമാധാനവും ഉണ്ടാവും അവരാണ് ഞങ്ങൾക്ക് ഗുരു ദൈവം എല്ലാം ഞങ്ങൾക്ക് വേറെ ദൈവമൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ പാതിരിക്ക് ആശ്ചര്യം അങ്ങനെയാരോ ഈ മൂന്ന് പേര് ഈ ഒരു അർത്ഥവുമില്ലാതെ നിങ്ങളെയൊക്കെ വഴിതെറ്റിച്ച് വേണ്ടാത്തരം പറഞ്ഞു തന്ന് നിങ്ങളെയൊക്കെ നരകത്തിലേക്ക് തള്ളാനായിട്ടുള്ള ഈ മൂന്ന് പേരെ എനിക്ക് കാണണമല്ലോ ഇവർക്ക് ഈ പാതിരിയെ കണ്ടപ്പോൾ തന്നെ പേടി തോന്നി എന്താന്ന് വെച്ചാൽ കയ്യിൽ ഒരു ദണ്ട് ആ ദണ്ടിൽ സ്വർണം കെട്ടിയിരിക്കണം വലിയ ലോഹ സ്വർണം കെട്ടിയിരിക്കണം കൂടെ ധാരാളം ആളുകൾ പുറകെ അവര് പേടിച്ചുപോയി പാവം ഏതോ രാജാവോ മറ്റോ ആയിരിക്കുമെന്ന് വിചാരിച്ചു അവര് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ മൂന്ന് സാധുക്കളും ഒരു ചെറിയ ഗുഹ ആ ഗുഹയില് ആകെപ്പാട് ഓരോ ആൾ ഇത്രയുണ്ടത്രേ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി പോയി കൈയും കാലും ഒക്കെ ഇടുക്കി അതിനകത്ത് തിരുപ്പുണ്ട് ഒരു ചാക്കു കൊടുത്ത് അതിനകത്ത് തിരുപ്പുണ്ട് അവരെടുത്ത് ചെന്ന് ഈ ദ്വീപിലുള്ള ജനങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു നിങ്ങളെ കാണാൻ ആരോ ഒരു വലിയ ആൾ വന്നിരിക്കണം അവരും വളരെ ബഹുമാനത്തോടെ പുറത്തു വന്നു ഈ പാതിരിയെ നമസ്കരിച്ചു പാതിരി പറഞ്ഞു നമസ്കരിക്കണതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ ഈ ദ്വീപിലുള്ളവരെയൊക്കെ കേടുവരുത്തുകയാണല്ലോ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അറിയണത് എന്തോ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ എത്രയോ കാലമായി ഇവിടെയാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനയാണിപ്പോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത് ഓ ഞങ്ങളൊക്കെ മറന്നു പോയിരിക്കും ഞങ്ങളിപ്പോ ബുദ്ധിയെ പ്രവർത്തിക്കുന്നില്ല ആരോ പഠിപ്പിച്ചതെന്നാണ് ഏതോ കാലത്തൊക്കെ മറന്നുപോയിരിക്കുന്നു ശരി ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം നമ്മളുടെ രീതിയിൽ അതങ്ങൾ പഠിക്കാം അതേ പഠിച്ചില്ല ആട്ടെ ഭക്തന്റെ ലക്ഷണം തന്നെ എന്താ ഒന്നിനോടും വിരോധമില്ല ദർ ഇസ് നോ റിയാക്ഷൻ ആരെന്ത് പറഞ്ഞാലും ഓ ആട്ടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ന്യായീകരണമൊന്നുമില്ല നിങ്ങൾ പഠിപ്പിക്കണതും പഠിക്കാം അദ്ദേഹം ഒരു രണ്ട് പേജുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ഇവർക്ക് പാവമൊന്നും ഓർമ്മയും നിൽക്കണില്ല അദ്ദേഹം പഠിപ്പിക്കണമൊന്നും ഇവർക്ക് പഠിക്കാൻ വയ്യ തിരിച്ച് പറയാൻ വയ്യ ചൊല്ലാൻ പറ്റുന്നില്ല അദ്ദേഹം അവസാനം ചുരുക്കി ചുരുക്കി ചുരുക്കി ഒരു പാരാഗ്രാഫാക്കി അതും വയ്യ അവർക്ക് ഉച്ചരിക്കാനേ പറ്റണില്ല അവസാനം നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് നാമജപം മതി എന്ന് പറയണ പോലെ അദ്ദേഹം ചുരുക്കി ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ചെറിയ ഒരു ലൈൻ ആ ലൈൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരേ ഒരു ഒരു വരി പറഞ്ഞു കൊടുത്തിട്ട് പഠിക്കാം അവര് കൊറേ നേരം ഉരുവിട്ട് പഠിച്ചു അവരുടെ ഭാഷ തന്നെ പഴകിപ്പോയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഉച്ഛാരണോ അവർക്ക് കിട്ടണില്ല കുറേ മെനക്കെട്ട് പഠിച്ച് ഈ പാതിരിയോട് ചൊല്ലിക്കളിപ്പിക്കും അപ്പൊ തെറ്റും പിന്നെ പാതിരി പഠിപ്പിക്കും പഠിപ്പിച്ചു കഴിഞ്ഞ് പാതിരി ഒരു പത്തടി നടക്കുമ്പോഴേക്കും ഇവർ പുറകെ ഓടിക്കൊണ്ടു വന്ന് പറയും മറന്നുപോയി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം വീണ്ടും പഠിപ്പിക്കും കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ഇവർക്ക് പിന്നെയും മറന്നു പോകും പുറകെ ചെന്നിട്ട് പറയും മറന്നുപോയി ഒന്ന് പഠിപ്പിക്കണം അവസാന അച്ഛനും മതിയെ എന്തിനാ അപ്പൊ ഈ ദ്വീപിലും വരണ്ടിരുന്നില്ല ഇവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിട്ട് അവസാനം ഒരുവിധം ഇവരെ കൊണ്ട് ആ പ്രാർത്ഥന പഠിപ്പിച്ച് എന്താ കാണാപ്പാഠം പഠിപ്പിച്ചു പഠിപ്പിച്ച് എന്നിട്ട് അച്ഛൻ ഒരുവിധ സമാധാനത്തിൽ എന്തോ ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും പഠിച്ചുവല്ലോ കർത്താവ് കേട്ടോളും എന്ന് പറഞ്ഞ് അച്ഛൻ തോണിയിൽ കയറി ബോട്ടിൽ കയറി ബോട്ടിൽ കയറി സമുദ്രത്തിൽ കുറച്ചു ദൂരം പോയി കഴിഞ്ഞതും തന്റെ നേരെ ഒരു പ്രകാശം വരുന്നതായിട്ട് അച്ഛൻ കണ്ടു അത്രയും ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്താന്ന് വെച്ചാൽ ആ പ്രകാശത്തിൽ ഈ മൂന്ന് സാധുക്കളും സമുദ്രത്തിന്റെ മോളുകൂടെ ഓടിക്കൊണ്ടുവരികയാണോ എന്ന് നിൽക്കണം ഞങ്ങൾക്ക് മറന്നുപോയി പഠിപ്പിച്ചതെന്നത് മറന്നുപോയി ഒന്നുകൂടെ പഠിപ്പിച്ചു തരുമോ എന്നാണ് അദ്ദേഹം നോക്കി കടലിന്റെ മേലെ കൂടെയാണ് ഓടി വരുന്നത് ഇവര് മഹാസിദ്ധന്മാരാണ് സ്വയം ഭഗവത് സ്വരൂപികളായിട്ട് ഇറന്നിട്ടുള്ളവരാണ് പക്ഷെ അവർക്ക് അപരാവിദ്യ ഒന്നും പിടിയില്ല അവരോട് നമ്മൾ പോയി ശ്ലോകം ചെല്ലാൻ പറഞ്ഞാൽ അറിയില്ല ഭാഷയെ അറിയില്ല പഠിപ്പില്ല പഠിപ്പറിവൊന്നുമില്ല പക്ഷേ ഭഗവാനെ ഹൃദയത്തിൽ പിടിച്ചു വെച്ചിരിക്കണം ഭാഷാജ്ഞാനമില്ല പക്ഷെ ഭഗവാനെ ഹൃദയത്തിൽ പിടിച്ചു ഭഗവത് അനുഭവം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ഭാഗവതം ഭാഗവതോത്തമൻ എന്ന് പറയുന്നു ഇപ്പൊ സാധാരണ ഞങ്ങളെ പോലെയൊക്കെ ഭാഗവതം പറയാൻ വരുന്നവരെയൊക്കെ ഭാഗവതോത്തമൻ എന്ന് പറയും ഭാഗവതത്തിൽ തന്നെ അതിന് സമ്മതല്ല ഭാഗവതം പഠിച്ചതുകൊണ്ട് ഭാഗവതോത്തമനാവില്ല സർവശാസ്ത്രങ്ങളും പഠിച്ചാലും ഭാഗവതോത്തമനാവില്ല ഇനിയിപ്പോ ഒരു ശാസ്ത്രവും അറിയില്ലെങ്കിലും ഒരു അക്ഷരവും അറിയില്ലെങ്കിലും യഥാർത്ഥ അക്ഷരം അറിഞ്ഞാൽ ഏകം അക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം लिख्य दे कथ भगवा रमण महर्षरमें नोटबुक ए्लोक नाशम नित्य निर वस्तु हृदय सदा प्रकाशिको अ लिख्य दे कथ हृदय भगवा प्रकाशिक सर्वभूत यश्ये भगवद्भाव आत्मन भूतानी भगवती आत्मनी ऐशभागवोत्त സകല പ്രാണികളെയും സകല ജീവജാലങ്ങളെയും ഭഗവത് സ്വരൂപമായിട്ട് കാണുകയാണെങ്കിൽ അവൻ ഭാഗവതോത്തമൻ നിങ്ങളൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് എനിക്ക് കാണാൻ കഴിയുമെങ്കിലേ ഭാഗവതോത്തമെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് വേറെ ഇത് വേറെയും തോന്നുന്നു ഇടത്തോളം ഭാഗവതം പറയണ ഒരാള് അത്രയേ ഉള്ളൂ നോക്കിക്കൊള്ളാം വെറുതെ വെറുതെ കാലിലൊന്നും വീണിട്ടും നമസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല നോക്കിക്കൊള്ളാം സർവഭൂതേഷ പശ്ചേത്ത് സകലപ്രാണികളും ഭഗവത് സ്വരൂപമാണ് എന്നുള്ള ഭാവം ഹൃദയത്തിൽ ഉണ്ടാവുന്നതാണ് ഭക്തന്റെ ലക്ഷണം നിങ്ങളിനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോയാലും വേണ്ടില്ല ഒരു പക്ഷേ ഈ ഭാഗവതം മുഴുവൻ കേട്ടിട്ടില്ലെങ്കിലും ഈ ഒരേ ഒരു കാര്യം ഹൃദയത്തിനങ്ങോട്ട് ഉറക്കുകയാണെങ്കിൽ തധീക്ഷണം സർവത്ര തധിക്ഷണം വാസുദേവ സർവമാണ് സകലതും വാസുദേവ സ്വരൂപം അപ്പൊ എന്താ സ്പർദ്ധ അസൂയാ തിരസ്കാരാഹ സാഹങ്കാരാ വിയന്തി എല്ലാം ഭഗവത് സ്വരൂപമായി കാണുന്നു എന്നുള്ളതിന്റെ ലക്ഷണം ഭഗവാൻ തന്നെ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോ പറഞ്ഞു ഹേ ഉദ്ധവൺ കാണുന്നു എന്നുള്ളതിനക്ഷണം എന്താണെന്ന് വെച്ചാൽ ആരോടും സ്പർദ്ധയില്ല അസൂയയും ആരോടും ഇല്ല കാരണം ആരെങ്കിലും ഒക്കെ വലിയ പണക്കാരനാവാണെങ്കിൽ ഞാനും അദ്ദേഹം ഒന്നാണ് ആ അദ്ദേഹത്തിന്റെ പണമൊക്കെ എന്തിനാണ് റോട്ടിൽ ആരെങ്കിലും ഭിക്ഷക്കാരനായിട്ട് നടക്കുകയാണെങ്കിൽ ഞാനും അദ്ദേഹം ഒക്കെ ഒന്നാണ് ആ ഭിക്ഷക്കാരനും ഞാനാണ് വലിയ ഉയർന്ന പദവിയിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാളും ഞാനാണ് ആരെങ്കിലും അപമാനിതനാവുന്നുണ്ടെങ്കിൽ ആ അപമാനിതനും ഞാനാണ് സ്ത്രീയും ഞാനാണ് പുരുഷനും ഞാനാണ് അപ്പൊ ആരോ അസൂയപ്പെടും തിരസ്കാരാഹാരം പോരെ വകുപ്പിൽപ്പെട്ട ആളാണെന്ന് ഒന്ന് തള്ളിക്കളയാണെങ്കിൽ പോയി അതും ഭഗവത് സ്വരൂപം ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ സ്വാമി വ്യവഹരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അദൃശ്യം അവ്യവഹാര്യം പ്രപഞ്ചോപശമം എന്നാണ് ശ്രുതി പറയുന്നത് ഭക്തിയുടെ ആ ഉയർന്ന തലത്തിൽ വന്നാൽ ചിലപ്പോൾ വ്യവഹാരമൊക്കെ അസ്തമിച്ചു പോകും പക്ഷെ വ്യവഹാരം അസ്തമിച്ചു പോയാൽ അതും ഇഷ്ടമാണ് എന്നാണ് അങ്ങനെ വ്യവഹാരം അസ്തമിച്ചു പോവുകയാണെങ്കിൽ സകലതും ഗുരുവായൂരപ്പന്റെ സ്വരൂപമായിട്ട് കണ്ടിട്ടാണ് ഒരാൾക്ക് വ്യവഹാരം അസ്തമിക്കണമെങ്കിൽ ആ വ്യവഹാരം അസ്തമിക്കുന്നത് ഒരു ദോഷമില്ല അപ്പൊ അത്തരത്തിലുള്ള ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് ഭാഗവതത്തില് ഭാഗവതോത്തമൻ എന്ന് പറയണില്ല അങ്ങനെയുള്ള ആൾക്ക് താൻ ഭാഗവതോത്തമനാണെന്ന് അറിയൂല്ല അങ്ങനെ ഒരാൾക്ക് താൻ ഭാഗവതോത്തമനാണെന്നും അറിയില്ല അങ്ങനെ അറിയുകയാണെങ്കിൽ അയാൾ ഭാഗവതോത്തമനല്ല ഞാൻ ജ്ഞാനിയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ ജ്ഞാനിയല്ല ജ്ഞാനി എവിടെ നിൽക്കും ജ്ഞാനി എന്നൊരാൾ ഉള്ളത്തോളം കാലം ജ്ഞാനമില്ല എന്നർത്ഥം ജ്ഞാനമേ ഉണ്ടാവാൻ പറ്റുള്ളൂ ഞാനിയേ ഉണ്ടാവാൻ പറ്റില്ല ജ്ഞാനി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓണർ വന്നു കഴിഞ്ഞു അവിടെ ഭക്തൻ എന്ന് പറയുമ്പോ തന്നെ ഞങ്ങളൊക്കെ ഭക്തന്മാരാണെന്ന് പറയുമ്പോ തന്നെ അവിടെ ഒരു ഓണർ വന്നു കഴിഞ്ഞു വിഭക്തിയെ ഇല്ലാതാക്കണതാണ് ഭക്തിയെ ഞാൻ ഒരു ഏഴ് വിധത്തിലും ചലിക്കാതിരുന്നാൽ ഭക്തി എന്നാണ് ഞാൻ എന്നില്ല എന്റെ എനിക്ക് വേണ്ടിയിരുന്നില്ല എന്നെ കാരണം എന്നില്ല ഏഴ് വിഭക്തികളും പോയാൽ ഭക്തിയായി അപ്പൊ ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലാതെ വരൊന്നുമില്ല അത്തരത്തിലുള്ള ഉത്തമ ഭക്തനെയാണ് ഭാഗവതം നമുക്ക് ലക്ഷ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരണം നമ്മൾ ആ ലക്ഷ്യത്തിൽ നമ്മളെ മറന്നുപോയാൽ നമ്മൾ ആ ലക്ഷ്യമായിട്ട് തീരും ആ ലക്ഷ്യത്തിനെ കണ്ടുകൊണ്ടേ അങ്ങനെയുള്ള എത്രയോ ഭക്തന്മാരുടെ കഥയാണിവിടെ പറയണത് അപ്പൊ ആദ്യം ഈ ഡെസേർട്ട് ഫാദേഴ്സിന്റെ കഥ പറയാൻ കാരണം അപരാവിദ്യ പരാവിദ്യ എന്ന് പറയാൻ കാരണം പലർക്കും പേടിയുണ്ട് വിഷമമുണ്ട് ഞങ്ങൾക്കൊന്നും ഭാഗവതം വായിക്കാൻ അറിയില്ലല്ലോ ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് ഭാഗവതം പറയുന്ന ആളുകൾ വലിയ വലിയ ആളുകൾ മഹാത്മാക്കൾ ഞങ്ങളൊക്കെ ദുരാത്മാക്കൾ അല്ലെങ്കിൽ പഠിക്കാൻ അറിയാത്തവർ ഭാഗവതം അറിയാത്തവർ ഒരു വിഷമവും നിങ്ങൾ ഭാഗവതം വായിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഭക്തിയോടെ ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലെ ചിലപ്പോൾ ഭാഗവതം വായിക്കാൻ അറിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കില്ല അദ്ദേഹം പറയുന്ന ശ്ലോകം തെറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ശരിക്കും പറയണില്ലേ എന്തെങ്കിലും ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തി ശരണാനന്ദജി മഹാരാജെന്ന് പറഞ്ഞ് ഋഷികേ ചില മഹാത്മാ ഉണ്ടായിരുന്നു അദ്ദേഹം പറയും ഇന്നത്തെ കാലത്തെ മഹാത്മാക്കളോട് ഞങ്ങൾക്ക് അശേഷം ബഹുമാനമില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഭക്തന്മാരോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണെന്നും എന്താന്ന് വെച്ചാൽ മഹാത്മാക്കളെ കാണും ഈ മഹാത്മാക്കളോട് ഭക്തി വെച്ചിരിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ അവരുടെ ഭക്തി ശ്രേഷ്ഠമാണ് അവരാ ഗുരുവിന് ദൈവത്തിനെ തന്നെ കാണുന്നു ഈശ്വരനെ തന്നെ കാണുന്നു ആ ഗുരുവിന് ആ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വരെ പക്ഷെ ശിഷ്യന്മാർക്ക് യോഗ്യതയുണ്ട് എന്താ ആ ഭക്തി ആ ഭക്തി ഇല്ലെങ്കിൽ ഇത്രയും പേര് എവിടെ നോക്ക് ബോംബെ നിന്നും വെനക്കെട്ട് തമിഴ്നാട്ടിൽ നിന്നും ബോംബെയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നിരിക്കുന്നു ഒരേപോലും നമ്മളെ തള്ളിക്കൊണ്ടുവന്നത് എന്താ ഭാഗവതം ഗുരുവായൂരപ്പൻ അല്ലെ ഭാഗവതം കേൾക്കാം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ചെന്നിരിക്കാം അപ്പൊ ആ ഭക്തി ആ സാന്നിധ്യം ആ ഭാവം വരുമ്പോ തന്നെ നമ്മളെ ഭഗവാൻ ആകർഷിച്ചു കഴിഞ്ഞു എന്നർത്ഥം വലിച്ചു എന്നർത്ഥം തൻ കിട്ടക ഭഗവാൻ എഴുക്കരത്തെ താൻ കാന്തം ഇരുമ്പു പോൽ കവർന്ത് രമണു ഭഗവാനോട് അക്ഷരമണുമാല ഇമ്പ് ഇഴക്കറ മാറി വന്ന് ജീവന തനകിട്ട അത് ഇക്ക എങ്കോ ജീവനക്ക ഒരു ചലനം വായി രീതി ട്രെയിൻ ഏറി ഉറത് ഇല്ലട വരുമാന വെറും കല്ലാ കാന്ത ആകർഷിക്കാതെ കാന്തം ഒരു ഇടത്തിൽ ഉറക്ക ഇരുമ്പു ഇപ്പ നടന്ന് നടന്ന് വരുന്നത് കാന്ത പാത്താ എന്ന് തോന്നും ഇരുമ്പുതാ നടന്നു പോകുന്നത് തോന്നും ഇമ്പു നടക്കലു ഇരുമ്പ് നടക്കാരി പാർക്ക ദൃഷ്ടം ബോംബേലും വന്നിരിക്കും വന്നിരിക്കോ വന്നിരിക്കൂടെ നെനച്ചാ വന്നേ നെനിക്കല ആ അത് കാന്താ നാ ഇേങ്ങ അത് കാതുകയും നാ ഇത്തേ ഇത് എങ്കെങ്കോ ട്രെയിൻ എല്ലാം ഏറി ഉടക്കാൻ വന്നത് പറന്ന് വന്നത് എപ്പിയോ വന്നത് അത് ജീവന തന്റെ അടുത്തേക്ക് ജീവനെ ആകർഷിക്കുക എന്നുള്ളത് ഈശ്വരന്റെ സ്വഭാവം ജീവന് ഈശ്വരനോട് നിത്യ ഉണ്ട് ശരീരത്തിനും മനസ്സിനും പ്രകൃതിയോട് നിത്യ ഉണ്ട് നമ്മളുടെ ശരീരം മനസ്സ് ഇതൊക്കെ പ്രകൃതിയോട് ചേർന്നതാണ് ഞാൻ എന്നുള്ള അനുഭവം ഭഗവാനോട് ചേർന്നതാണ് മമൈവ അംശോ ജീവഭൂത സനാതന ഭഗവാൻ തന്നെ എനിക്കും ഈ ജീവനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ നിത്യസംബന്ധമാണ് നിത്യസംബന്ധമാണ് ഈ ജീവൻ തന്നെ രാധ രാധാസഹായം അതിസുന്ദരമന്ദഹാസം ഈ ജീവൻ തന്നെ രാധ ഈ ജീവൻ എട്ട് ഉണ്ട് ചുറ്റും രാധയ്ക്ക് അഷ്ടസഖികളുണ്ട് ഈ ജീവനാകുന്ന രാധയ്ക്ക് എട്ട് സഖികൾ ഭൂമി രാപ്പോ അനലോ വായുഹൂഖോ അഷ്ട ഭഗവാൻ ഗീതയിൽ ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്നു എട്ട് പ്രകൃതികളോടുകൂടെ ചേർന്ന് ഈ ജീവൻ ഭഗവാനോട് നിത്യസംബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ നമ്മളൊന്നും ഭഗവാനിനോട് ഭക്തി ഇല്ല എന്ന് പറയരുത് ഭക്തി നമ്മുടെ സ്വരൂപമാണ് ഭക്തി ഇല്ലാതെ ആർക്കും ജീവിക്കാനൊക്കില്ല ഭക്തി തെറ്റായ വഴിയിൽ പ്രവഹിക്കുന്നതാണ് ലോകത്തിൽ പല വസ്തുക്കളോടുള്ള ആസക്തിയുടെ രൂപത്തിൽ കാണുന്നത് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭക്തിയാണ് ഭാര്യയോടും ഭർത്താവിനോടും കുട്ടികളോടും പണത്തിനോടും പേരിനോടും പുകഴിനോടും ആരോഗ്യത്തിനോടും മറ്റുമൊക്കെ ആയിട്ടുള്ള ഈ ബന്ധരൂപത്തിൽ ഒരു രൂപം മാറി ഇപ്പൊ കാണുന്നു ഇത് തന്നെ ചിത്രം ശുദ്ധമായാൽ നമുക്ക് ആരോട് നിത്യസംബന്ധമുണ്ടോ അവന്റെ അവനോടുള്ള നിത്യസംബന്ധത്തിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള അനുഭവമായിട്ട് പ്രകാശിക്കും മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഹ എന്ന സിദ്ധാന്തം സ്വാനുഭവത്തിൽ വരും ഇപ്പോ നമുക്ക് ആരോട് സംബന്ധമില്ലയോ അവനോടുള്ള സംബന്ധം വിട്ടാൽ ആരോട് സംബന്ധമുണ്ടോ അവനോടുള്ള സംബന്ധം സ്വയമേവ പ്രകാശിക്കും അല്ലെങ്കിൽ ആരോട് സംബന്ധമുണ്ടോ ആ സംബന്ധത്തിനെ സ്ഥിരീകരിച്ചാലും നമുക്ക് സംബന്ധമില്ലാത്ത വസ്തുക്കൾ വിട്ടുപോകും അപ്പൊ ഭക്തി എന്താണ് ഈ നിത്യസംബന്ധത്തിനെ അംഗീകരിക്കലാണ് ഭക്തി നിത്യസംബന്ധം നമുക്ക് ഗുരുവായൂരപ്പനോട് സംബന്ധമുണ്ട് ഗുരുവായൂരപ്പൻ വിട്ട് നമുക്ക് നിൽക്കാൻ ഒക്കില്ല ഗുരുവായൂരപ്പൻ അശാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ ഭഗവാൻ ജീവനെ ആകർഷിക്കണം ആലങ്കാരികന്മാർക്ക് അലങ്കാരശാസ്ത്രത്തിൽ അനേകവിധ രസങ്ങളുണ്ട് നവരസങ്ങൾ എന്ന് പറയും ഈ നവരസങ്ങൾ അല്ലാതെ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ അവർ പറയും ഭഗവാന് സൗന്ദര്യം വീര്യം തേജസ് കരുണ മുതലായിട്ടുള്ളതൊക്കെ ഭഗവാന്റെ രസമാണ് അതിനോടൊപ്പം നിർഗുണരസങ്ങളുണ്ട് സത്ത് ചിത്ത് ആനന്ദം ഇതൊക്കെ തന്നെ ഭഗവാന്റെ രസസ്വരൂപമാണ് ഈ രസമൊക്കെ ജീവനെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ജീവൻ ഈ ഇരുമ്പിന്റെ മേലെ കുറച്ച് മണ്ണ് പടിഞ്ഞാല് കാന്തത്തിന്റെ ആകർഷണ വലയത്തിൽ വീഴാത്തതുപോലെ ഈ ജീവന്റെ മേലെ കുറച്ചൊരു അജ്ഞാനത്തിന്റെ മറ ഒരു തിരസ്കരണി ഉള്ളതുകൊണ്ട് ഈ ജീവനെ തനിക്ക് ഈശ്വരനോടുള്ള നിത്യസംബന്ധത്തിനെ അംഗീകരിക്കാൻ നോക്കണില്ല ആ തിരസ്കരണി എങ്ങനെ പോകും ശ്രവണം ചിലർക്കൊക്കെ ഒരിക്കൽ കേട്ടാൽ മതി എന്നാണ് ഒരേ ഒരു വർഷം നല്ല കർപ്പൂരമാണെങ്കിൽ തീയിൽ വെക്കുമ്പോഴേക്കും പിടിക്കും വിറകാണെങ്കിൽ നല്ല വിറകാണെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് പിടിക്കും ചിലർക്കും ഇപ്പൊ മഴക്കാലമല്ല എത്തി നനഞ്ഞിട്ടുണ്ടെങ്കിലോ കുറച്ച് മെനക്കെട്ടണോ എന്നിട്ട് പിടിക്കും ചിലതൊന്നും പിടിക്കില്ലേ അപ്പൊ വാഴവണ്ടിയാണെങ്കിൽ രക്ഷയൊന്നുമില്ല ഉണ്ണിത്തണ്ടാണെങ്കിൽ ശങ്കരാചാര്യർ എവിടെയോ ഉണ്ണിത്തണ്ട് വെച്ചെത്തി കൊളുത്തി നോക്കും കഥയൊക്കെ കേട്ടിട്ടുണ്ട് ജീവന് കർപ്പൂരം പോലെ പക്വമാണെങ്കിൽ ശ്രവണം കൊണ്ട് മാത്രം ഇത് അർത്ഥവാദമാണെന്നേ ധരിക്കരുത് പലപ്പോഴും നമ്മൾ ധരിക്കണം ഭാഗവതം കേൾക്കാൻ ആളെ കൂട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ആളുകൾ പറയുന്നത് ഭാഗവതം കേട്ടാൽ മതി എന്ന് പറയണത് ഇനിയില്ലേ അപ്പൊ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ആളെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടിട്ട് പോവാണെങ്കിൽ പോയിക്കോളാം ആളെ കൂട്ടല്ല ഇത് സത്യം യഥാർത്ഥത്തിൽ വേദാന്തശാസ്ത്രം കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സാധനകളും നമ്മൾ ജപം തപസ് ഉപവാസം അതേപോലെ കർമ്മകാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ആരണ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വിധ തപസ്സുകൾ തപസ്വീ പുണ്യോഭവതി തപസ്വീ പുണ്യോഭവതി ചൊലിയൊരുക്കോ മതി തപസ്സിനാല് ശുദ്ധം എണ്ണപ്പെടുന്നത് തപസ് കൊണ്ട് ശുദ്ധമായാൽ അവനെ എന്ത് സിദ്ധിക്കും എന്ന് വെച്ചാൽ ശ്രവണം ചെയ്യാൻ സാധിക്കും തപസ്സുകൊണ്ട് ചിത്തം ശുദ്ധമായാൽ ശുദ്ധമായ ചിത്തത്തിന്റെ ലക്ഷണം ഭഗവത് അല്ലെങ്കിൽ ആത്മതത്വം പറയുമ്പോ യാതൊരു തടസ്സവും കൂടാതെ എന്ന് വെച്ചാൽ തടസ്സം കൂടാതെ എന്ന് വെച്ചാൽ സാധാരണ എങ്ങനെയാണ് നമ്മൾ കേൾക്കുക പറയും കേൾക്കുന്നതിന് നടുവിൽ ഒരുപാട് തടസ്സമുണ്ട് എന്താ തടസ്സം എന്ന് വെച്ചാൽ പറയുന്നതിന് ഒന്നിൽ നമ്മളുടെ ബുദ്ധി അതിൻ്റെ ഭാഷയിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും ശ്രോതാക്കളും പല വിധത്തിലുണ്ട് നിങ്ങളെ പക്വപ്പെടുത്തലാണ് ശ്രവണത്തിന് തയ്യാറാക്കലാണ് ഈ മഹാത്മ്യ പ്രഭാഷണമേ ശ്രോതാക്കളും പല നാല് വിധത്തിലാണ് മുഖ്യമായിട്ടും മുഖ്യ ആദ്യത്തെ ചുവട്ടിലെ പടിയിലുള്ള ശ്രോതാക്കളുണ്ട് അവർ വന്നിരുന്നു ഉറങ്ങും അവരും സുഹൃതികളാണ് എന്തുകൊണ്ടാണ് ഉറക്കം വരണമെന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ ടി വി കാണുമ്പോ ഉറങ്ങില്ല ഇത് ശ്രവണം ചെയ്യുമ്പോ എന്തുകൊണ്ട് ഉറങ്ങണമെന്ന് വെച്ചാൽ മനസ്സ് ഇതിനെ ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കും അതിന് ഗ്രഹിക്കാൻ കഴിയാത്ത വസ്തുവായാൽ വിക്ഷേപത്തിന് സാധ്യമല്ലെങ്കിൽ ലയിച്ചു പോവും മനസ്സിന് രണ്ടു വഴി അറിയ സാധാരണ ചെയ്യണത് ഒന്നിൽ വിക്ഷിപ്തമായിട്ടിരിക്കും അല്ലെങ്കിൽ ലയിക്കും അപ്പൊ ശ്രവണം ചെയ്യാൻ അങ്ങനെ ശ്രമിക്കും പലരും വിചാരിക്കണത് ഈ ബോറടിച്ചിട്ടാണോ ഉറങ്ങുന്നത് എന്നാണ് അതും ശരിയാണ് എന്നാലും ബോർ അടിക്കുന്നത് എന്തുകൊണ്ടാ നമ്മളുടെ വാസനയ്ക്ക് ഉള്ള വിഷയം അവിടെ അല്ലാത്തതുകൊണ്ടാണ് അപ്പോ എന്നാലും വന്ന് ഇരുതും അപ്പൊ എന്താ കുറെ ശുഭവാസന ഉണ്ടെന്നർത്ഥം ആ ശുഭവാസന കൊണ്ടുവന്നിരുത്തി കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ശ്രവണം ചെയ്യാൻ സാധിക്കാതാവുമ്പോ പതുക്കെ അങ്ങോട്ട് ഉറങ്ങിപ്പോകും രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട് അവർ കേൾക്കും എല്ലാം തലകീഴായിട്ട് മനസ്സിലാക്കും തമാശ പറയല ഇതൊക്കെ നമ്മളുടെ ഋഷികൾ പറഞ്ഞു വെച്ചിട്ടുള്ള നാല് പടിയാണ് അത് ഒക്കെ വിപരീത ജ്ഞാനം എന്നാണ് മൂന്നാമതൊരു കാറ്റഗറിയുണ്ട് കേൾക്കുന്നതൊക്കെ മനസ്സിലാക്കും ബുദ്ധി കൊണ്ട് നല്ലവണ്ണം അറിയും തെളിഞ്ഞ് ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുമോ അവർക്ക് നാലാമത് ഉത്തമാധികാരികൾ ശ്രവണം ചെയ്യുന്നത് നേരെ ഹൃദയത്തിലേക്കാണ് അതാണ് മഹത്തമ അന്തർഹൃദയാത്തോ മുഖു വിധസ്വ കണ്ണായുതമേഷമേ വരഹ എന്നൊരു ഭക്തൻ ഭാഗവതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പതിനായിരം ചെവി കൊണ്ട് കേൾക്കണം ഭഗവാനേ എന്നാണ് എന്താ പതിനായിരം ചെവി എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ഓരോ കോശവും ചെവിയായി മാറട്ടെ എന്നാണ് ലെറ്റ് മീ ലിസൺ വിത്ത് മൈ ഹോൾ ബീങ് വിത്ത് ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് മൈ ബോഡി ഓരോ കോശത്തിലൂടെയും ഞാൻ ശ്രവണം ചെയ്യട്ടെ പതിനായിരം അതെങ്ങനെ ശ്രവണം ചെയ്യണം മഹാത്മാക്കൾ അവർ അന്തർഹൃദയത്തിൽ അനുഭവിക്കുന്ന വിഷയം മുഖത്തിലൂടെ വരണം അവർ വെറുതെ വായകൊണ്ട് പറഞ്ഞാൽ പോരാ മഹത്തമ അന്തർഹൃദയാത് മുഖച്യുത അങ്ങനെ മുഖത്ത് നിന്ന് വീണം ചിലപ്പോ അറിയാതെ വീണെന്നാണ് ഒരു മഹാത്മാ പറയും മഹാത്മാക്കൾ ചിലപ്പോ ഉപദേശിക്കില്ല പക്ഷെ എന്നാലും അവരുടെ വായു നി വീഴും എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഊണ് കഴിച്ചത് ചിലപ്പോഴൊക്കെ അറിയാതെ ഇങ്ങനെ ഏംബകം വരണോ പോലെ മഹാന്മാരെ അനുഭവിച്ച അനുഭൂതി ചിലപ്പോഴൊക്കെ വായു കൂടെ പുറത്തേക്ക് ചാടും അത് ശ്രവണം ചെയ്യാൻ എനിക്കൊരു പതിനായിരം ചെവി തരൂ എന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലൂടെയും ഞാൻ ശ്രവണം ചെയ്യുമാറാകട്ടെ എന്നാണ് മൃഥു മഹാരാജാവിന്റെ പ്രാർത്ഥന അപ്പൊ ഇത് ഉത്തമശ്രോതാവിന്റെ ലക്ഷണമാണ് ശ്രവണം ചെയ്യുമ്പോൾ പരീക്ഷിച്ച് എന്തെങ്കിലും സാധന ചെയ്തുവോ നോക്കണം പരീക്ഷത്തിന് സാധനയെക്കുറിച്ചൊക്കെ സുഖാചാര്യർ പറഞ്ഞു കൊടുക്കണേണ്ടെന്നല്ലാതെ ഒരു സാധനയും ചെയ്യാൻ പരീക്ഷത്തിന് സമയമില്ല ഏഴാമത്തെ ദിവസം മരിച്ചു പോവാൻ പോണ ആള് എന്ത് സാധന ചെയ്യും ഏഴാമത്തെ ദിവസം പാമ്പ് ജപിഷിക്കാൻ പോണു തക്ഷകദംശം എന്ത് സാധന ചെയ്യും ജപിക്കാൻ പറ്റുമോ പ്രാണായാമം ചെയ്യാൻ പറ്റുമോ പക്ഷെ ഇതൊക്കെ സുഖാചാര്യർ പറഞ്ഞു കൊടുക്കണു അത് പരീക്ഷത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് പക്ഷെ പരീക്ഷത്തിന് സാധന ചെയ്യാനൊന്നും സമയമില്ല പരീക്ഷിത് ചെയ്തത് ഏഴ് ദിവസം രാവും പകലും വെള്ളം പോലും കുടിക്കാതെ കേട്ടു എന്നാണ് ജലപാനമില്ലാതെ കേട്ടു പരീക്ഷത്ത് തന്നെ പറയണു എനിക്ക് വെള്ളം കുടിക്കാനുള്ള ദാഹം പോലും ഇല്ല എന്നാണ് എന്താ കുടിച്ചുകൊണ്ടേയിരിക്കുന്നുവല്ലോ പിബന്ധം ത്വൻ മുഖാം ഭോജു ഹരികഥാമൃതം ഹരികഥാമൃതത്തിനെ കുടിച്ചുകൊണ്ടേയിരിക്കണമല്ലോ ഞാൻ അതുകൊണ്ട് എനിക്കും ദാഹമില്ല വിശപ്പില്ല ശരീരത്തിനെ കുറിച്ച് ഓർമ്മയില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ കേട്ടുകൊണ്ടേയിരിക്കാം ശുഗബ്രഹ്മ മഹർഷി മഹായോഗി രാവും പകലും പറഞ്ഞു ഇദ്ദേഹം രാവും പകലും കേട്ടു ഏഴാമത്തെ ദിവസം സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന ഒരു സാധനം ചെയ്തില്ല ഏഴാമത്തെ ദിവസം ആ രാജാവ് പറഞ്ഞു ഹേ പ്രഭോ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു ഞാനിത് അസിദ്ധനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു എനിക്കിപ്പോ ഭയമില്ല തക്ഷകനെ ഭയമില്ല മൃത്യുവിനെ ഭയമില്ല പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഞാനിത് ആ ബ്രഹ്മനിർവാണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഭയമില്ലാത്ത പരിപൂർണ്ണ അഭയപഥത്തിന് അവിടുന്ന് എനിക്ക് കാണിച്ചത് എന്തായിരിക്കും ഞാനിനി തക്ഷകനെ ഭയപ്പെടണം ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ വിവേം ആദ്യത്തെ അവസാനത്തെ ശ്ലോകം ഇപ്പൊ പറയാ എന്തിനാന്ന് വെച്ചാൽ ഫലം കാണിക്കാനായിട്ട് ഏഴ് ദിവസത്തെ ശ്രവണം അത്രയുള്ളൂ വേറെ ഒന്നുമില്ല ഉദ്ധവരോടും ഭഗവാൻ എന്താ പറഞ്ഞു ഏഴ് ദിവസത്തെ ശ്രവണം ഉദ്ധവർക്ക് ഭഗവാൻ ഉപദേശം ഉദ്ധവർ ശ്രവിച്ചു എത്ര ദിവസം ഒന്നുമില്ല ശ്രവണം കൊണ്ട് മാത്രം സദ്യോഹൃതി അവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷി തക്ഷണാത്ത് കേൾക്കുന്ന ക്ഷണം മുതൽ കൊണ്ട് ഭഗവാൻ ശ്രവണം ചെയ്യുന്ന ആളുടെ ഹൃദയത്തിലും പ്രകാശിച്ചു തുടങ്ങും കേട്ട് കഴിഞ്ഞിട്ട് മനനൊന്നുമില്ല ഇനിയിപ്പൊ കേട്ടിട്ട് പ്രകാശിച്ചിട്ടില്ലെങ്കിൽ മനനം ചെയ്യൂ ശ്രവണം കൊണ്ട് തന്നെ സത്യം പിടികെട്ടിയിട്ടില്ലെങ്കിൽ എന്നാ പോയി മനനമൊക്കെ ചെയ്യാം മനനം ചെയ്യ നിധിധ്യാസനം ചെയ്യാ സ്വയം നമ്മളത് അനുഭവിക്കാം ആ സ്ഥിതി അപ്പോ ശ്രവണം കൊണ്ട് മാത്രം ഭഗവത് പ്രാപ്തി എന്നുള്ള പ്രതിജ്ഞയാണ് ഭാഗവത സിദ്ധാന്തം അപ്പൊ നാമം ജപിക്കേണ്ടേ നാമം ജപിക്കണം പ്രാണായാമം ചെയ്യേണ്ടേ ചെയ്യണം പൂജ ചെയ്യേണ്ട ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പരമാത്മതത്വം ശ്രവണം ചെയ്യാൻ ഒക്കും ശ്രവണം കൊണ്ട് കഴുത്തിൽ കിടക്കുന്ന മാല കാണാനില്ല എന്ന് പറഞ്ഞ് സർവത്ര തെരഞ്ഞു അതെനിക്ക് എങ്ങനെ കിട്ടും ആ മാല കഴുത്തിൽ തന്നെ ഉണ്ട് കണ്ടില്ല പലയിടത്തും അന്വേഷിച്ചു നടന്നു ശ്രദ്ധിച്ചില്ല അവിടെ അത് ഞാനിപ്പോ മാലാ മാലാ മാലാ മാലാൻ ജവിച്ചാ കിട്ടുമോ മാലാ മാലാൻ ജവിച്ച പ്രയോജനമുണ്ട് ഒരാൾ വന്ന് ചോദിക്കും എന്തിനാ മാലാ മാലാൻ ജവിക്കണമെന്ന് ചോദിക്കും എന്റെ മാല കാണാനില്ല ഇത് അവിടെ ഉണ്ടല്ലോ അപ്പൊ നോക്കി ആ സമയം കാണിച്ചു തന്നോടെ ആ മാല കണ്ടു അതേപോലെ നമുക്കൊന്നും ഭഗവാനെ നഷ്ടപ്പെട്ടിട്ടേ ഇല്ല നമുക്കും ഭഗവാനുമായിട്ടുള്ള സംബന്ധം നമ്മൾ മറന്നു കളഞ്ഞാ പോലും മറന്നു കളഞ്ഞാലും ഉള്ള സംബന്ധം ഉള്ളത് ഇപ്പൊ എന്താ ചെയ്യണോ ഭാഗവതത്തിൽ നീ മറന്നു പോയിരിക്കണോട്ടോ ഇതാണ് വസ്തു ആരോട് നിത്യസംബന്ധമുണ്ടോ അവനോടുള്ള സംബന്ധത്തിനെ അംഗീകരിക്കൂ ആരോട് സംബന്ധമില്ലയോ ആ സംബന്ധത്തിനെ ഉപേക്ഷിക്കും ആ ഭഗവാനോടുള്ള നിത്യസംബന്ധത്തിനെ കാണിക്കലാണ് ഭാഗവത ശാസ്ത്രം ഇപ്പോ വള്ളിയൂർ ഇവിടെ എത്തിയിരിക്കണോ തിരുമേനിയെ ഇവിടെ സ്വീകരിച്ചിരുത്തി നമുക്ക് തിരുവിനിയുടെ അനുഗ്രഹത്തിന് ഉദ്ഘാടനം എന്ന് പറയാൻ വയ്യ അനുഗ്രഹം സർവത്ര ഗോവിന്ദരാമസങ്കീർത്തനം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗവതത്തിൻ്റെ ദർശനമാണ് ഭാഗവതോത്തമന്റെ ദർശനം എന്ന് വെച്ചാൽ ഭാഗവതത്തിനെ കാണലാണ് ഭാഗവതോത്തമനെ കാണൽ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അല്ല ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാനല്ലാതെ പറയാറുമില്ല ഭഗവാന്റെ സ്വരൂപമോ ഭാഗവതം അപ്പോ അങ്ങനെയുള്ളൊരു മഹാപുരുഷൻ നേരിട്ട് കാണുമ്പോൾ വ്യാഖ്യാനം എന്തിനാ അതുകൊണ്ട് തിരുവേനി ഇവിടെ വന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്ക് തിരുമേനി ഇവിടെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ വളരെ ലൗകികമായിട്ട് ചിന്തിച്ചാൽ വിഷമമുണ്ടായിരുന്നു നമ്മ ഇവിടെ ഒരു ഭാഗവത സപ്താഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് പറഞ്ഞാൽ ശാരീരികമായി അദ്ദേഹത്തിന് വിഷമമുള്ളപ്പോ ഇത്രയും ദൂരത്തുനിന്ന് അദ്ദേഹത്തിനെ ഒരു ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു പക്ഷേ മറ്റൊരു വശം ചിന്തിച്ചപ്പോ ഇത്രയും ഭക്തന്മാർ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട് ഇവിടെ അവർക്ക് കാണാനൊരു ഭാഗ്യം അതിലുപരി തിരുമേനിക്ക് ഈ വരുന്നത് ഇഷ്ടമാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ സന്തോഷമായിട്ട് സമ്മതിക്കും കൂടി ചെയ്തു അതുകൊണ്ട് തിരുമേനിയെ നമസ്കരിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ആശീർവദിക്കാനായിട്ട് ഒരു രണ്ടു വാക്ക് അവിടുന്ന് പറയണം എന്ന് പ്രാർത്ഥിക്കാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാ ഗുരുവായൂരപ്പന്റെ സന്നിധനെ വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അതിന് ഇദ്ദേഹം എനിക്കൊരു കാരണം കാരണം കാരണമെന്നായി അദ്ദേഹത്തെ ആണ് അതിൻ്റെ ചുറം ഉറക്കി കിട്ടേണ്ടത് എനിക്ക് അന്നമുകൊണ്ട് ഇവിടെ വന്ന് സേവിക്കണമെന്ന് പറ്റേ ശരീരത്തിൽ സമ്മതിക്കണില്ല എന്തെത്തിയ ഏതായാലും ധനഭാഗ്യം ഉണ്ടായി പിന്നെ വിശേഷിച്ചും ഇങ്ങനെ ചടങ്ങിൽ സംബന്ധിക്കാനുള്ള ഭാഗ്യം കിട്ടി ദേയും ഒരു മഹത്തായ തരസിൽ വന്ന് സ്വഭാവസ്ഥയിലേക്ക് കണ്ട് വന്ദിക്കാനും അവരനുഗ്രഹം അടിക്കാനും ശേഷം ഈ ഭാഗവതാചാര്യനായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഭാഗ്യം ചിന്തിച്ച് മറക്കാൻ വിചാരിച്ചാണ് പിന്നെ എന്തെങ്കിലും ഭാഗവത്തെ അനുഗ്രഹിച്ച് രണ്ട് വാക്ക് പറയാം പറയാനും പറയാനും പറയാറേണ്ട വയ്യല്ലോ അതുകൊണ്ട് അന്യത പറയാൻ ശ്രീമദ് ഭാഗവതം മഹാപുരാണങ്ങളിൽ ഉൾപ്പെട്ടതാണ് മഹാപുരാണം എന്ന് പുസ്തകത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് പറയുന്നതല്ല എല്ലാ പുരാണങ്ങളും മഹാപുരാണങ്ങളല്ല സർഗ്യസ്ഥ പ്രസർഗ്യസ്ഥ വംശം അന്നോത്ര വംസാനം വംസാനി ജീവിതം ചേരി ലക്ഷണാനന്ദ ഭകം പഞ്ചലക്ഷണമാണ് പുരാണമെന്നാണ് ലഹന്തുകാരന്മാർ പറയാ പറയുന്നത് അഞ്ച് ലക്ഷണങ്ങളൂടിയാണ് പുരാണം പക്ഷേ മഹാപുരാണം ദശലക്ഷണമാണ് പത്ത് ലക്ഷണമാണ് മഹദൽപ്പ്യവസ്ഥയാണ് ഭാഗവത് തന്നെ പറയണം മഹാപുരാണങ്ങൾക്ക് ലക്ഷണം പത്തും സാധാരണ പുരാണങ്ങൾക്ക് ലക്ഷണം മനുഷ്യനാണ് സർഗ പ്രസർഗാദികളെ നിരൂപണം ചെയ്യാ സാധാരണ പുരാണങ്ങളുണ്ട് അത് പുരാണങ്ങളുടെ സമ്പ്രദായമാണ് സേവൻ ഭാഗത്തിലുണ്ട് പക്ഷേ കൂടുതലായിട്ട് ചില ലക്ഷണങ്ങൾ അധികം സമയം അധികം അദ്ദേഹത്തെ മാനിക്ക സംസാരിക്കുന്ന ൾക്ക് അവർ തലക്കും ശരിയല്ല ഞാൻ പറയണില്ല ഏതായാലും യുവതി എന്ന് പറയുന്ന ലക്ഷണം ഈശാനഗതിയും നിരോധവും മുക്തിയും ആശ്രയവും പിന്നെ അത് കൂടാതെ സ്ഥിതി വൈകൊണ്ടുവരിക സ്ഥാനം അങ്ങനെ ലക്ഷണം അത് ക്ഷേമധാരകരുണ്ട് മറ്റവരാണെങ്കിൽ അത് കാണില്ല സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മാദികൾ മുഖേന ഈ ജലത്തിനെ സൃഷ്ടിച്ചു അതിനുശേഷം ആ ജലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും അടാഥസ്ഥാനത്തേ വെച്ചിട്ടുണ്ട് ഓരോരുത്തരും അതാത് ധർമ്മം അതാത് ധർമ്മമര്യാദകളെ അനുസരിച്ച് വർത്തിച്ചൊള്ളണം അല്ലെങ്കിലോ കണക്കിനെ ശിക്ഷിക്കുകയും ചെയ്യും അതിനുള്ള സ്ഥാനമാണ് നാരകാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യം വെട്ടിപ്പിടിക്കാൻ സാധിച്ചു വരും പക്ഷേ അതധികം ബുദ്ധിമുട്ടാണ് രാജ്യത്ത് സമാധാനം നടത്താൻ എന്ന് പറയുന്നതിന് നീ നീതിശാസ്ത്രത്തിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ അതാണ് നമ്മുടെ രാജ്യ രാജ്യത്ത് ലബ്ധപ്രസവനമില്ല ഈ ജനങ്ങളെ ക്ഷോഭിക്കാതെയുണ്ട് അവരെ സമാധാനിപ്പിച്ചെടുത്തണ്ടേ ആദ്യം നല്ലതായി വേണം അപ്പോൾ ഭഗവാൻ നല്ലവണ്ണം കണക്കാക്കിയിട്ടുണ്ട് കുറെ കുറെ ആളുകളെ സൃഷ്ടിക്ക് മാത്രമല്ല അവരെയൊക്കെ തൻ്റെ നിലയിൽ തൻ തൻ്റെ ആജ്ഞയുടെ കീഴിൽ നൽകി നൃത്യം ചെയ്തു ഇനി പിന്നെയൊന്ന് പറഞ്ഞു ഈ വക മര്യാദകളൊക്കെ ഭഗവാൻ ഏർപ്പാ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശരിതന്നെ പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് എന്താ ഈ വക സർവമധർമ്മമര്യാദകളെയും പാടയെ കൂടിയും ഭക്രനാണോ ആ ഭക്രവന് ഒരിക്കലും ധർമ്മമര്യാദയെ ലംഘിച്ച ആ ദോഷം സംഭവിക്കില്ല അതിനാണ് പോഷണം എന്നുള്ളത് പോഷണം എന്ന് പറയുന്നത് അതിലംഘിത മര്യാദ ഭക്തരക്ഷണലക്ഷണം സർവമര്യാധർമ്മ മര്യാദകളെയും അങ്ങേറ്റം മനഃപൂർവം ലംഘിച്ചിട്ടുള്ള ഒരാളാ ഒരാളാണെങ്കിൽ കൂടിയും ഭക്തനാണോ എന്നാൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും അത് അധോഗൃ സംഭവിക്കില്ല ഭഗവത് പ്രാപിച്ചും അതിനാണ് രാവണൻ്റെ കഥ വന്നത് പിന്നെ ഊതി ഊതി എന്ന് പറയുന്നത് ഊറയാ കർമ്മവാസന കർമ്മവാസനയാണ് ജനങ്ങൾ ചെയ്യുന്നതായ കർമ്മങ്ങൾ നന്നായിട്ടുള്ളവയും തീർച്ചയായിട്ടുള്ളവയും ഉണ്ടാവും അപ്പോൾ ആ കർമ്മങ്ങൾ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ഒരു വാസന ഉണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ വാസന അത് നശിക്കില്ല അതിങ്ങനെ കിടക്കും ഒന്ന് പറയാറുണ്ട് ഈ ചായക്കര പറയണത്തെ ഡാക്ടർമാരെ പറയണം പറയുന്നത് ചായ കുടിക്കുന്ന ആളുടെ നല്ല ഉള്ള നോക്കി കഴിഞ്ഞാൽ അറിയണമെന്ന് അതുപോലെ അതിൻ്റെ അക്കറ പോകില്ല അതുപോലെ കർമ്മം ചെയ്തോ അതിൻ്റെ വാസന ഉടലേക്ക് കിടക്കും അത് നല്ലതായിട്ടുള്ളതുണ്ട് ചികിത്സയായിട്ടുള്ളതുകൊണ്ട് നല്ല വാസന ഉണ്ടാവണമെങ്കിൽ നല്ല സദ്വാസന ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഭഗവാനെ ചേച്ചുകൊണ്ട് മാത്രമല്ല തന്റെ അനുഗ്രഹം തന്നെ വേണം ഭക്തന്മാരുടെ അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര അധ അധോഗതിയിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ കൂടിയും അങ്ങേയറ്റം വരെ ഉയരാൻ സാധിക്കും അതാണ് പ്രഹാദൻ്റെ കഥ പ്രഹ്ലാദന് ഒന്നുമില്ല ജന്മം കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ദൂഷിച്ച ഒരാളാണെന്നാണ് പറയേണ്ടത് അതിനാണ് അഥികളല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് നാരദമസിയുടെ അനുഗ്രഹത്തിന് മഹാത്മ്യം കൊണ്ട് ഭക്തന്മാർ ഒന്നാമത്തെ ആളാകണം സാധിച്ചു പ്രഹ്ലാദനെ വച്ചുകൊണ്ടാണ് നാരദൻ ഭക്തൃത വിധിതെന്നും കൂടി പറയേണ്ടതായിട്ടറിയണം നാരദൻ ഗുരുവാണ് പ്രഹ്ലാദൻ ശിഷ്യനാണ് പക്ഷേ ആദ്യം പറയുന്നത് പ്രഹ്ലാദനാണ് പ്രഹ്ലാദ നാരദ വസുപ്രമുഖയ്യ ഭാഗപലവർത്തമയ്യേ നാരദ പ്രഹ്ലാദനല്ല പ്രഹ്ലാദൻ ഒന്നാം സ്ഥാനം പ്രഹ്ലാദനം രണ്ടാം സ്ഥാനമുള്ള രാജൻ അപ്പോൾ ഗുരുവിനേക്കാൾ മഹത്വം പ്രസാദയെത്തി ഇങ്ങനെ ഒരു ഭക്തൻ ലോകത്തിൽ പ്രസാദനെ പ്രസാദനയാണ് ഉദാഹരണമായിട്ട് പറയാം ഭക്തന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം പ്രഹാദനെ പറയാം എന്നാണ് പറയുക അങ്ങനെ പറയുമ്പോൾ എന്താത്ഥം പ്രഹാദൻ്റെ ഗുണങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ട് എന്ന് ഞാൻ തടസ്സമുള്ള കാരണം പ്രഹാദൻ്റെ ഗുണങ്ങളെല്ലാം കഴിഞ്ഞു പ്രഹ്ലാദനം പുറ ഗുണങ്ങൾ എല്ലാം കൊണ്ട് തടസ്സമില്ല ഭിന്നത്വേ സറി തകൃത ഭൂധം സാധിച്ചെന്നാണ് തർക്കന്മാർ പറയാം വസ്തുവിനുണ്ടായിരിക്കണം മറ്റേ ഉപമാന ഉപമേയ വസ്തുവിൽ ഉള്ളതായ ധർമ്മങ്ങൾ ഉപമാന വസ്തുവിൽ കൂടുതലായിട്ട് ഉണ്ടാവണം അല്ലാണ്ട് മുഴുവൻ ഉണ്ടായ ചന്ദ്രനെ പോലെ അനുഭവം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഗുണങ്ങൾ മുഴുവനുണ്ടാണ് ഇല്ല ഏതാണ്ടൊക്കെ ഉണ്ടായാൽ അതുപോലെ പ്രഹ്ലാദൻ പറയാനും പ്രഹ്ലാദിനെ പോലെയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ്റെ ഗുണങ്ങൾ ഏതാണ്ടൊക്കെയുണ്ട് എന്ന് പറയാനും പറയാൻ മഹത്തിലായ പ്രഹ്ലാദൻ്റെ അതിന് പിന്നെ മന് മന്നോന്തരാണ് ചന്ദ്രം മന്നോന്തരെയാണ് മനോദരം ഈ പതിനാല് വന്യോന്ത്രങ്ങളാണ് ആ പതിനാല് വന്യോന്ത്രങ്ങളിലും മനുക്കളാണ് ധർമ്മത്തെ സംശ്രമം മനുമാത്രമല്ല മന്വന്തര മനുദേവനുപുത്രീ ശ്രീശ്വര ശ്രീ ശ്രീവംശാവതാരേ എന്നാണ് മന്യന്തരം എന്ന് പറഞ്ഞാൽ ആറുകൂട്ടം പുസ്തകങ്ങൾ പറയണം മനു മനുപുത്രന്മാര് ദേവന്മാര് സപ്തികള് ഇന്ദ്രൻ ഭഗവാന്റെ അവതാരം ഓരോ വന്വന്തരനും ഭഗവാന്റെ അവതാരം പ്രത്യേകം പറ്റിയുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ മന്വന്തരങ്ങളിലും ഭഗവാൻ അവതരിച്ച് അതാത് മന്വന്തരെ സ്വീകരിച്ചിട്ടുള്ള ആളുകളെ ഭഗവാൻ തന്നെ സംരക്ഷിക്കുന്നു ഈ മന്നുദ്ധരത്തെ അവതാരമൂർത്തിയാണ് ഭഗവാൻ വാമനൻ വാമനെ നമ്മൾ ഒരിക്കലും സ്മരിച്ചു കൂടാം വാമനമൂർത്തി നമ്മൾ പരിക്കൽ വേണം അദ്ദേഹമാണ് ഈ മന്നുദ്ധര അവതാര അവതാരമൂർത്തി ഈശാനുലസാണ് ഈശാനുലസ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന രാജാത്തന്മാരുടെയും സൂര്യം സൂര്യ സംഭവം രാജാക്കന്മാരുടെയും ഭഗവാന്റെ അവതാര ഭക്തന്മാരായിരിക്കുന്ന രാജാക്കന്മാരുടെയും ചരിത്രം തരത്ത് പറയാനാണ് ഈശാന നാമസ്കന്ധത്തിലാണ് ഉണ്ടായത് എത്രയോ ഭക്തന്മാർ രാജാക്ക രാജവംശത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ആളുകൾ പലരും ഭക്തിയിൽ ഒന്നാം സ്ഥാനം സംഭവിച്ച സമ്പാദിച്ച ആളുകളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ആളാണ് ആംബരീസ് ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടേ മഹത്വം സിദ്ധിക്കുള്ളൂ ഇല്ലെങ്കിൽ ആർക്കൊന്നുമില്ല ഈ അമ്പരീഷ്വാദികളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ നിലയിലെത്തിയത് അല്ലാതെ അവരുടെ പൗരുഷം കൊണ്ട് പൗരം കൊണ്ടല്ല അങ്ങനെ അമ്പള ഗാനിയാണ് ആരും ചെയ്യരുത് എല്ലാം ഭഗവാൻ അരി കിഞ്ചിൽ പൗരുഷം കൊമ്പുതാം മേ കൃഷ്ണാനു കമ്പിതം എന്നൊരു പാഠം പഠിച്ചു അർജുനൻ സന്താനോപണം കാണിക്കേണ്ടപ്പോൾ ലോകത്തിൽ പൗരുഷമെന്നുണ്ടെങ്കിൽ അത് വേണൊന്നുമല്ല എൻ്റെ കൃഷ്ണന്റെ കാരണം മാത്രമാണ് അത് എപ്പോഴാണ് നല്ലോണം തലയ്ക്കോ തലിക്കാൻ അടികൊട്ട് പോകണം അതുവരെ ശരി കൃഷ്ണൻ വേണ്ട കൃഷ്ണൻ ഞാൻ മിണ്ടിയില്ല എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ആ ബ്രാഹ്മണകുമാരന്റെ ബ്രാഹ്മണ ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ കുമാരനെ രക്ഷിക്കാൻ വാക്ക് പറഞ്ഞിട്ട് വേണ്ട പോവാൻ ഞാനിങ്ങനെ അദ്ദേഹം പറയുന്നത് പറയുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഒന്ന് അവിടുന്ന് വേണ്ട സഹായവും ചെയ്യണം മിണ്ടിയിട്ടുള്ളത് ഇയാളെ എന്താണ് പറയണേ പിന്നെ അന്യൻ പറഞ്ഞു പറയണോ കേട്ടുള്ള ഭാവത്തിൽ ചടി കൊടുക്കാം എന്നെ പറയുന്നു വെണ്ണ ഇറങ്ങാൻ അപ്പോഴെന്താ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ എല്ലേ ഒരു ഉണ്ണിയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണന് പത്തുണ്ണികളെ രക്ഷ അറിഞ്ഞ അർജുനെ പത്തുണ്ണികളെ രക്ഷിക്കാൻ സാധിച്ചു ആണോ ഭഗവാൻ ഗൃഹത്തിന്റെ മനോ ശ്രീരാമകൃഷ്ണൻ ബ്രഹ്മ പറയാനുള്ളത് ഭക്രൻ ഒരു കാലം ഭഗവാന്റെ മുമ്പിൽ പോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പത്തുണി കൊടുക്കുന്നു ഭഗവാൻ പറഞ്ഞോളൂ ഞാൻ കാണിച്ചുതരാം പത്തുണ്ണികളെ കാണിച്ചു തരാം കൊണ്ടേ കൊടുത്തോളൂ ആ പേരീ തനിക്കിരിക്കേണ്ട എനിക്ക് വേണ്ട ആണ് ഭഗവാന്റെ കാര്യണ്യം ഞാൻ ഞാൻ കൊണ്ടേ കൊടുക്കാം അങ്ങേ വിളിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ചെയ്താൽ സ്നേഹിതമ്പ അങ്ങനെ പറയാം അങ്ങനെ ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറയുന്നത് വേണം എനിക്കാ പേര് വേണ്ട അർജുനിക്കട്ടെ ഞാൻ അങ്ങയുടെ പറയുന്നത് ഞാൻ അങ്ങയുടെ പത്തും നിങ്ങളെ രക്ഷിച്ചോളാം എന്ന് പറയേണ്ടതായിരുന്നു എന്താ പറയാ ഭഗവാന്റെ ചോദ്യം അതിൽ ഭഗവാൻ അർജുനെ കുറ്റക്കാരൻ ആദ്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് ഒരു പുത്രനെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അർജുനന് പത്തുണ്ട് പത്ത് പുരുഷന്മാരെ കൊണ്ട് ഇത്രയും പറയപ്പെടാതി എക്കിഞ്ച് പൗരസം വുംസാം മേനിയ സ്നാനം പൗരഷം അഥവാ നൽകം മാത്രമാണ് ആർക്കും ചെളിയാൽ അവകാശമൊന്നുമില്ല എല്ലാം അവിടുത്തെക്കാരുണ്ട് ഇവരെ പോരം നമുക്കെപ്പോഴും ഉണ്ടാവണം അത് പലപ്പോഴും ഇല്ലാതെയുണ്ടായി പോകണം അതാണ് നമ്മളൊക്കെ കല്യ കർത്ത അനുഭവിക്കുന്നത് ഞാൻ എന്നുള്ളതായ ആ പാവം വരാതെയും സൂക്ഷിക്കണം ആദ്യം ഞാൻ ചാടിക്കട്ടാടി ചാടി വന്ന് വീഴും ഞാൻ ഞാൻ ചെയ്യുന്നു ഞാൻ പറയുന്നു എന്നും മറ്റും പറയപ്പെട്ട പാത മുടക്കരുത് പിന്നെ പിന്നെ മുക്തി എന്നുള്ള ലക്ഷണം ഏകാദശത്തിൽ പറയുന്നത് മുക്തി എന്താ മുക്തി ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് പ്രസാദാദിച്ചു കഴിഞ്ഞാൽ ഭക്തനെ കൊടുക്കുന്ന ഒരു സാധാരണ മുക്തി അങ്ങനെയൊന്നുമില്ല മുക്തിരഹിതത്വം അന്യഥാരൂപം സുരൂപയാണ് മുക്തി എന്ന് പറയുന്നത് അന്യഥാരൂപം വിട്ട് സ്വരഭപുള്ള വ്യവസ്ഥയിലേക്കാണ് മുക്തി എന്ന് പറയുന്നത് സ്വരപഴിനുള്ള വ്യവസ്ഥോ നമ്മളിപ്പോൾ സ്വന്തം രൂപത്തിലല്ലായിരിക്കുന്നത് നമ്മളൊക്കെ വേറെ രൂപത്തിലായിരിക്കണം ഞാൻ പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് കാണാൻ കാണിച്ചു കൊടുക്കും ഞാൻ മാറത്തോട്ട് ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ ശരീരാദികളിൽ നിന്നും ഒരു ഒരു വസ്തു ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട് ആളാണ് ഞാൻ ആ ഇന്ദ്രിയാണ് മനോബുദ്ധി ഇന്ദ്രിയാണി പരാണി അന്ദ്രിയേ പരം മനോ മനസ്ത പരസരാ ബുദ്ധി യോ ബുദ്ധയെ പരസ്തു എന്റെ മനസ്സ് എന്റെ ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉടമസ്ഥാവകാശം ഒരച്ചു കൂട്ടാളിലിപ്പോൾ ആ ആൾ എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല ഈ ആളെ നമ്മൾ കണ്ടുപിടിക്കുന്നതല്ലേ എന്റെ ദേഹം എന്ന് പറയുമ്പോൾ ഈ ദേഹത്തെ എൻ്റെ പറയാൻ ആളാണ് എന്റെ എന്റെ എന്റെ എന്റെ കണ്ണ എന്റെ മൂക്ക് എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ആരാ ആര് ഇപ്പൊ ഈ കണ്ണിന്റെ കൂട്ട പ്രശ്നം ആരാ ചിന്തിക്കാറ് നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് താൻ ആരാണ് എന്നറിയലാണ് ആദ്യമില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായെന്നു സാ വിദ്യ തന്മരി തന്മരിയ എന്നാണ് ഭഗവാൻ പറയുന്നത് ആതാണ് ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേഹ ദേഹമല്ല ദേഹാദികളിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന വസ്തുവാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കി ആത്മാവും ഈശ്വരനും ഒന്നാണോ എന്ന് സസ്വരൂപത്തെ പ്രാപിക്കാം നമ്മുടെ ഈ സ്വരൂപം ഈശ്വരനാണ് ഈ ഭഗവാനെന്ന് വേറെ താലന്ന് വേറെ അതാണ് തത്വമെന്നുള്ള വാക്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെ ആശ്രയമുള്ള ലക്ഷണം അതാണ് ആശ്രയം എന്താ ആഭാദഷ്ട നിരോധിഷ്ട യഥാ അധ്യപസിക്കത് ആശ്രയപരം ബ്രഹ്മ ആശ്രയം എന്ന് പറയുന്നത് ആവിർഭാവ നിരോധനങ്ങൾ എവിടെയും എവിടെ നിന്ന് സംഭവിക്കുന്നു അതിന് കാരണമായിട്ടുള്ള വസ്തുവിനെയാണ് ആശ്രയം എന്ന് പറയുന്നത് ബ്രഹ്മ യഥോ യമാനി ഭൂതാനി രാജന്ദേ ജനജാതാനി ജീവന്തി യൽ എന്നുള്ള ആ തത്വം വ്യക്തമാക്കുകയാണ് അവസാനത്ത് ബ്രഹ്മ അതാണ് ബ്രഹ്മ പറയുന്നത് എല്ലാം എവിടുന്നാണോ ഉണ്ടാകുന്നത് ഏതിനാശ്രയത്തിലാണ് നിൽക്കുന്നത് ഏതാണോ ജില്ലാ ഹൃദയത്തെ പ്രാപിക്കുന്നത് അതിനൊക്കെയും അധിഷ്ഠാനമായിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം എന്നുള്ളത് ദ്വാദശന്ധത്തിലാണ് മനസ്സിലാകുന്നത് ഈ ആശ്രയത്തിൻ്റെ ബോധമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ദ്വാദശ്വാദ ദ്വാദശകന്ധത്തിൽ പറയുന്ന ആശ്രയത്തിൻ്റെ അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഒൻപത് ലക്ഷങ്ങളും അതായത് ആയ ഒൻപത് ലക്ഷങ്ങളും ആശ്രയത്തിന്റെ അതുണ്ടായാൽ നമ്മുടെ യഥാർത്ഥന്മാരെ നോക്കാൻ സാധിക്കേണ്ടതില്ല പിന്നെ അയാൾക്ക് വേദ്യമായിട്ടോ അറിയേണ്ടതായിട്ടോ പ്രാപിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല ആ ഭ നമ്മളെത്തണം ആശ്രയത്തിലെത്തണം അത് സുഖമായിട്ട് ആശ്രയത്തെ ആശ്രയത്തിലെത്താനുള്ള വഴിയാണ് മാർക്കണ്ടത് സുഖമായിട്ട് ഭഗവാനെ ഉള്ളെങ്കിൽ കമ്പളകത്തിന് ഒരു ഒരു സുന്ദര കുട്ടനായിട്ട് കണ്ട് നമ്മളെ ഭാവന ചെയ്യുകയാണെങ്കിൽ അത് മൊഴിയും അവസാനം ഈ നാമരൂപങ്ങളൊക്കെ മാറി ചക്ഷാൻ ബ്രഹ്മൻ തന്നെയാണ് ഞാൻ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കും അതുകൊണ്ട് ഭക്തിയാണ് അതാണ് ഭക്തി പുരാണത്തിൽ പറയണത് ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവൈരാഗ്യം എന്ന് അപ്പോൾ എന്താ അർത്ഥം ഭക്തി ഉണ്ടെങ്കിൽ ഞാനോ വരിക ഉണ്ടാവുള്ളൂ ഞാൻ ഞാനും സമ്പാദിക്കാൻ വേണ്ടി ആദ്യം തന്നെ അങ്ങേറ്റം ബുദ്ധിമുട്ടുകൊണ്ട് യാതൊരു വിഷയമില്ല ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടായാൽ ജ്ഞാനമുണ്ടാവും ഞാനുണ്ടായാൽ വരാക്കുണ്ടാവും അതുകൊണ്ട് ഭക്തി അതാണ് ഭക്തിയുടെ മക്കളാണ് ഞാനെ വരേണ്ടത് ഞാൻ മക്കളുണ്ടായതിനു ശേഷം ശേഷമാണ് അമ്മ പറയാൻ പറ്റുമോ അപ്പോൾ ഭക്തി ഉണ്ടായാൽ ജ്ഞാനപരിഹാരങ്ങളുണ്ടാവും ഞാൻ ഞാനദ്വാരാ മുക്തി വേദത്തിൽ പറയുന്നത് ജ്ഞാനാദേവത് കൈവല്യം ജ്ഞാനം കൊണ്ടേ മുക്തി കിട്ടുള്ളൂ ഭാഗവതം സങ്കടിക്കണോ ജ്ഞാനം കൊണ്ടേ മുക്തി കിട്ടുള്ളൂ പക്ഷേ ആ ജ്ഞാനത്തിന് ഈ മറ്റുള്ള മാർഗം സ്വീകേണ്ട വേദാന്ത പ്രണാധികളും വേണ്ട കഥാപ്രണം കഴി ആ ഭഗവത്കഥയെ നല്ലവണ്ണം ശ്രമിക്കുകയും കീർത്തിക്കുകയും ഒക്കെ ചെയ്ത് അതുകൊണ്ട് ഭക്തിയതയാ പ്രഭേദയൻ ചോദിച്ചതേ കയും വരാം ഈ കഥാക്രമണ സങ്കീർത്തനാദികളൊരിക്കും തൃഗായിട്ട് ആ പരമബലത്തെ പ്രാപിക്കാൻ ഏറെ അവർക്ക് ഇതാണ് ഭാഗവതം നമ്മളെ മനസ്സിലാക്കുന്നത് നിങ്ങൾ വേറെയൊന്നും നോക്കേണ്ടതില്ല ഭഗവാന്റെ കഥയെ അതാണ് ഭഗവാൻ നാരദൻ അല്ല ബ്രഹ്മാരോട് പറയണോ യാ യഥാഭവ യഥാഹ്രേ ഭഗവതി നാം ഭക്തി ഭഗവതി സർവാത്മൻ സർവാത്മന്യഖിലാധാര ഇത് സങ്കൽപ്പ പറഞ്ഞ ജനങ്ങൾക്ക് ജ്ഞാനമുണ്ടാവുണ്ടാവേണ്ടെന്നല്ല വൈരംഗം ഉണ്ടാവേണ്ടെന്നല്ല പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഭക്തിക്കാണ് എങ്ങനെയായാലാണോ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവുക ആ തരത്തിൽ വേണം ഈ ഭാഗവതത്തെ ഉപന്യസിക്കാൻ എന്നാണ് നാരനോട് ബ്രഹ്മ പറയേണ്ടത് അത് ശ്രീരാജ നാഥ തത്വം എന്നുകൂടി പറഞ്ഞു തത്വാഖ്യാനം ആയപ്പോര കഥാ മധുരമധുരമായിട്ടുള്ള കഥ കഥകളെ കൊണ്ട് സാധാരണമാർക്ക് ആജ്ഞന്മാരായിരിക്കുന്ന ആളുകൾക്ക് കഥ വഴിക്ക് അവിടെ ആരോ പോരയ്ക്കുന്ന ഭഗവാൻ സഹായിക്കുന്ന അങ്ങനെയുള്ള ഒരു നവീന ഗ്രന്ഥം എന്ന് പറയുന്നത് ഭാഗവത പുതിയൊക്കെ ഗ്രന്ഥമാണ് വേദവ്യാസൻ മറ്റ് കഥകളും നിങ്ങളെ ഗ്രഹങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ ചെയ്തിട്ട് അത് അതൊന്ന് വരാനുണ്ട് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കി അത് നാലൻ പഴഞ്ഞാണെങ്കിൽ ഈ പുതിയ പരമ്പരാണുണ്ടാക്കിയത് അപ്പോൾ ഈ പുത്തൻ പുരാണത്തെ പുരാണം എന്ന് പറഞ്ഞാൽ പഴയതെന്ന് കഷ മുമ്പുണ്ടായത് പുരാണമാണെങ്കിലും ഇത് നവ നവാണ് ഇപ്പോൾ പുതിയതാണ് ഈ പുത്തൻ പുരാണം ഇപ്പോൾ പഴയ പഴയതുള്ളപ്പോൾ അല്ല പുതിയതുള്ളപ്പോൾ പഴയ നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ട് ഭാഗവതം മാത്രം എന്നുള്ള ആ ഒരു തപ്തം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഭാഗവതം നാരതിൻ്റെ ഉപദേശം അനുസരിച്ച് വേദവ്യാസം ശ്രമിച്ചത് ആ ഭാഗവതമാണ് നടക്കുന്നത് എല്ലാവരും ഭാഗവതത്തിൽ ശ്രദ്ധ ആവേശിപ്പിച്ചുകൊണ്ട് അക്ഷമണം ചെയ്ത് ഏത് ദിവസം കൊണ്ട് മുഖത്തിന്മാരാവണം എന്ന് പറയേണ്ടതാണ് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അത് അസാധ്യമാണ് പ്രായോഗികമാണ് എല്ലാവരും ആനയിലുള്ളവരല്ല അതുകൊണ്ട് ഭാഗവതം പാടുകൾ കെട്ടി കഴിഞ്ഞാൽ ഒരിക്കലും പാടാവില്ല നമ്മൾ കുറേ മുഴുവൻ സപ്താൻ കിട്ടും അത് വ്യർത്ഥമായി വരില്ല അത്രയും നമുക്ക് ഭഗവാനിൽ ഭക്തിഭാവം ഉണ്ടാവും അങ്ങനെ കൂടുതൽ കൂടുതൽ ആ ഭക്തിഭാവം പൂർണ്ണമായിട്ട് വരും അതുകൊണ്ട് എല്ലാവർക്കും ഒരാവൃത്തി കെട്ടാൽ അനേകാവർത്തി കേൾക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ അനേകാവർത്തി കേൾക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത് എന്ന് സംശയം തോന്നണം എനിക്ക് ഈ ഒറ്റ ഭാഗവത ശ്രവണം കൊണ്ട് മുക്കനെ എന്ന് പ്രാർത്ഥിക്കാണ് വേണ്ടെന്നാണ് തോന്നുക അല്ലെ കലയാതോ പറയാറുണ്ട് മേനി പറയാനുണ്ട് ഞാനേ എത്ര തപ്ലാ കിട്ടിട്ടുന്നു അനുവദിച്ചത് അതിന്റെ മേനിയായിട്ടാണ് പറയുന്നത് എന്നിട്ടോ എന്നിട്ട് എന്താ ഇങ്ങനെ എനിക്കുള്ളൂ പണ്ടത്തെ വിളിക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെ കേട്ടാൽ പോരാ ഒരു സപ്താഹം കേട്ടാൽ അതിൻ്റെ അതുകൊണ്ട് ഉണ്ടായ ഒരു പ്രയോജനം നമ്മൾ നമ്മൾ കാണണം അതിന് നമുക്ക് സംഗതിയാവണം പ്രവർത്തനം പ്രാർത്ഥിക്കുക നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ യാ ഭഗവാൻ ആത്മഭാവില ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബുദ്ധിമുട്ടം ഉണ്ടാവുള്ളൂ ഗുരുവായപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കു മാറാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുറച്ച് അധികം പ്രശ്നം ചെയ്തു നടത്താണ് എങ്കിലും പറഞ്ഞു വരാൻ പറഞ്ഞു പോയത് പോയതാണ് അദ്ദേഹത്തിൻ്റെ സമയം ഞാൻ ഗവർണർ തോന്നുന്ന സംശയം ഗുരുവായോ ഏതായാലും ഇനി അധികം എത്തിക്കണില്ല ഈ ചട്ടാചരണം സമംഗളം നടക്കാൻ ഉയരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അലങ്കീൽക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചു സമർത്ഥ ഗോവിന്ദനം ഇനി ഇത് കൂടുതൽ പറഞ്ഞാലാണ് അധികം പ്രശ്നമാവുക മഹത്തമാന്തരഹൃദയാൻ മുഖച്ഛുതോ വിധസ്വ കർണായുതമേഷമേവരഹ എന്ന് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഇന്നത്തെ മഹാത്മ്യ പ്രഭാഷണം തുടങ്ങുമ്പോൾ തന്നെ തിരുവേനി ചൊല്ലി ഈ ശ്ലോകം ഇവിടെ ചൊല്ലിയതാണ് യഥാഹരവും ഭക്തിർ ഭവിഷ്യതി എങ്ങനെയാണെങ്കിൽ ഭഗവാനോട് ഭക്തി ഉണ്ടാവും ഇത് സങ്കല്പ്യവന്നയ കഥകൾ ഭഗവത് കഥകൾ അത് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ഹൃദയത്തിനെ ദ്രവമാക്കും ഭക്തന്റെ ഹൃദയം ദ്രവിക്കുമ്പോ ഒരിടത്തൊരു ഒന്ന് ഉരുകുമ്പോൾ വേറൊരിടത്തു ഒന്ന് കട്ടപിടിക്കുമെന്നാണ് ഭക്തന്റെ ഹൃദയം ഉരുകുമ്പോ ഭഗവാൻ അല്പം ഒന്ന് കട്ടപിടിക്കും അതാണ് സാന്ദ്ര ആനന്ദ അവബോധാത്മകം ഗുരുവായൂരപ്പൻ കട്ടപിടിച്ചു സാന്ദ്രം എന്ന് വെച്ചാൽ ഘനീഭവിച്ചു ഭക്തന്റെ ഹൃദയം ദ്രവിക്കുമ്പോ ഭഗവാൻ നമുക്ക് പ്രിയമായിട്ട് നമ്മളുടെ മുമ്പിൽ അർച്ചാവതാര മൂർത്തിയായിട്ട് വന്ന് നിൽക്കണം നമുക്ക് കേരളത്തിൽ ചിലപ്പോൾ വിഗ്രഹം അല്ലെങ്കിൽ അമ്പലത്തിലെ മൂർത്തി വിഗ്രഹം എന്നൊക്കെ പറയാ പതിവുണ്ട് ഈ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ അവർ വിഗ്രഹം എന്ന് പറയുന്നില്ല അർച്ചാവതാരം എന്നാണ് ഭഗവാൻ നമ്മൾ അർച്ചിക്കാനായിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ ഭഗവാന്റെ ഏറ്റവും ഉത്തമ അവതാരം എന്നാണ് കൃഷ്ണാവതാരം രാമതാ ഓരോ കാലത്ത് വന്നിട്ട് പോയി പക്ഷെ എപ്പോഴും നമുക്ക് കിട്ടാനായിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ് ഗുരുവായൂരപ്പനായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കണത് ഗുരുവായൂരപ്പനെയും കാണാൻ വയ്യെങ്കിൽ അവിടെ തിരക്കാണ് കാണാൻ വിഷമുണ്ട് എന്നൊക്കെ പറയുമ്പോ ഗുരുവായൂരപ്പൻ തന്നെ ഓരോ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കയറി സവാരിക്കിറങ്ങണതാണ് അങ്ങനെ സർക്കിട്ടടിക്കാം ഗുരുവായൂരപ്പന് സർക്കിറ്റ് അടിക്കലാണോ ജോലി ജനിച്ച ദിവസം തുടങ്ങിയതാണ് സർക്കിറ്റ് അടിക്കാൻ കൃഷ്ണാവതാരത്തിലല്ലേ ജനിച്ച ദിവസം രാത്രി സർക്കിറ്റ് തുടങ്ങിയതാണ് ഇപ്പോഴും സർക്കിട്ട് നടക്കണോ എത്രയോ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭക്തന്മാരുടെ രൂപത്തിൽ അങ്ങനെ നമുക്കിവിടെ തിരുമേനിയും തിരുമേനിയുടെ കൂടെ ഗുരുവായൂർ കേശവം നമ്പൂരി അദ്ദേഹം ഇവിടെ വന്നിട്ട് പരമഭക്തനായ കേശവൻ തിരുമേനിയോട് ഒരു രണ്ടു വാക്ക് പറയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ീ ഗുരുവായൂരപാശരണം ശ്രീ ഗുരുവായൂരപണം ശ്രീ ഗുരുവായൂരപണം ഭാഗവതഹംസം ഒരു ഭാഗത്ത് ഭാഗവതാചാര്യൻ മറുഭാഗത്ത് ഇവരുടെ രണ്ടുപേരുടെയും നടത്തിയിരുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അധിക പ്രസംഗമാവും ഇപ്പോൾ വയറ് നിറച്ച് ഭാഗവതാമൃതം പാനം ചെയ്തു ഇനിയും പാനം ചെയ്യാൻ പോവുകയാണ് ആചാര്യന്മാർ പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ളത് മാത്രം രണ്ടു വാക്ക് പറയുകയാണ് ബ്രഹ്മാതി ദേവകളെല്ലാം നരസിംഹമൂർത്തിയെ സ്തുതിച്ചു ശാന്തനാക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല പ്രഹ്ലാദൻ വന്ന് നമസ്കരിച്ചു പ്രഹ്ലാദിനോട് സ്തുതിക്കൂ എന്ന് പറഞ്ഞു നരസിംഹമൂർത്തി പ്രഹ്ലാദൻ തന്റെ ഭഗവാൻ പറയുന്നത് കേൾക്കല്ലേ ദാസനായ തന്റെ ചുമതല എന്നുള്ള നിലയ്ക്ക് ഭഗവാനെ സ്തുതിക്കുകയാണ് ഉണ്ടായത് അനുസരിച്ചു ഭഗവാനെ അതുപോലെ പരമാചാര്യനായ ശ്രീ വെങ്കട്ടരാമൻ രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞു അത് അനുസരിക്കുക ഭാഗവതഹംസത്തിന് മുമ്പിൽ വച്ച് ഇവിടെ വാസ്തുത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ വെറും ഞാൻ ഒരു പൊള്ളയായ എന്താ പറയേണ്ടത് വലിയൊരു മത്തൻ ഉള്ളിലൊന്നുമില്ല വെറും പൊള്ള ഇത് കുരുല്ലാത്ത മുന്തിരി മധുരം മാത്രമുള്ള മുന്തിരിയാണ് കുരു കൂടി ഇല്ല തുപ്പികളെ പക്ഷേ അവരൊക്കെ വെച്ചത് എന്താ പറയേണ്ടത് ഒരൊറ്റ ശ്ലോകം ചൊല്ലി നിർത്തുകയാണ് ധ്യയം സദാ പരിഭവത്നം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവഞ്ചിനുതം ശരണ്യം ൃത്യാർത്തിഹം പ്രണതപാലിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരം തിരുവേനി ശ്ലോകം ചൊല്ലിയത് ഒരു അനുഗ്രഹമായി എന്താണെന്ന് വെച്ചാൽ ദിവസവും ധ്യാനശ്ലോകത്തിലിവിടെ സപ്താഹത്തിന് തെറ്റ് സുധുസ്ഥിജ സുരേഷ്സിതരാജ്യലക്ഷ്മിയും ധർമ്മിഷ്ഠ ആര്യവചസായതകാതരണ്യം മായാമൃഗം ദൈതയെതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദം എന്ന് ചൊല്ലിയിട്ട് പിന്നീട് ഈ ശ്ലോകം ചൊല്ലും ധ്യേയം സദാവരി ഭവ ഇതാദ്യമാണ് വരുന്നത് ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുമ്പോ ഇതങ്ങോട് അടുത്ത ശ്ലോകത്തിലേക്ക് ചെന്നപ്പോ ഉള്ളിൽ അല്പം ഓർമ്മയും ഇതങ്ങൾ വിട്ടു എന്നുള്ളത് അപ്പൊ ഗുരുവായൂരപ്പൻ ചോദിക്കുക എന്തിനകത്ത് വിട്ടുകളഞ്ഞുണ്ടെന്നുണ്ട് അപ്പൊ ഒരു ഭക്തനെ കൊണ്ടുവന്നത് പറയിപ്പിക്കാം ഇവിടെ തിരുമേനി വന്ന് പൂർണ്ണകുംഭം കൊടുത്ത് ഭാഗവതാംസമായ ഈ മഹാത്മാവിനെ സ്വീകരിച്ച് വേദോച്ചാരണത്തോടുകൂടെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരാനായിട്ട് തൃശൂരിൽ നിന്നും വേദാചാര്യനായ ശ്രീ സുബ്രഹ്മണ്യവാദ്യ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് വൈദിക ശ്രേഷ്ഠനായ ഒരാളെയും നമുക്കിവിടെ ഈ സന്ദർഭത്തിൽ ആദരിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ നമുക്കൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെയും ഇവിടെ വെച്ച് ആദരിക്കാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ മാഹാത്മ്യമാണെന്നും നമുക്ക് പാരായണം കഴിഞ്ഞു ഒരു മുക്കാമണിക്കൂറോളം പ്രഭാഷണവും കഴിഞ്ഞു അതിനുശേഷമാണ് തിരുവേനിയെ നമ്മളിവിടെ കാണുന്നത് മഹാത്മ്യ പ്രഭാഷണം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഭാഗവതം കേൾക്കാനായിട്ട് ശ്രവണം ചെയ്യാനായിട്ട് പക്വപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിനെ തയ്യാറാക്കുക അത് തിരുവേനിയുടെ ദർശനം കൊണ്ട് തന്നെ നമുക്ക് സാധിച്ചിരിക്കണമെന്ന് പറയണം ഭാഗവതത്തിൽ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സത്സംഗം എന്നുള്ളത് വേറെ ഒന്നും സാധിച്ചില്ലെങ്കിൽ നാമജപം പോലും സാധിച്ചിട്ടില്ലെങ്കിലും സത്സംഗം നമ്മളായിട്ടൊന്നും ചെയ്യണ്ട സാധുക്കളുടെ സംഘത്തിൽ ചെന്ന് ഇരുന്നാൽ മതി നാമം ജപിക്കണമെങ്കിൽ പോലും ചിത്തശുദ്ധി വേണം അല്ലെങ്കിൽ ചിലപ്പോ ജപിക്കാൻ പറ്റൂല വലിയ വലിയ ഭക്തന്മാർ തുക്കാറാം മഹാരാജ് ഒരു കീർത്തനത്തിൽ പാടുന്നു ഹേ പാണ്ഡുരംഗ എനിക്ക് നാമം ജപിക്കാൻ പുറപ്പെടുമ്പോൾ ഉറക്കം വരണമല്ലോ എന്ന് പറഞ്ഞ് കര അപ്പോ ജപം പോലും എളുപ്പമല്ല പക്ഷേ സാധുസംഘം സത്സംഗം എന്നുള്ളത് ഭഗവാൻ കൃപ കൊണ്ട് ഭാഗവതത്തിൽ മുച്ചുകുന്തൻ പറയണോ ഞാനിവിടെ കിടന്നുറങ്ങാണ് എനിക്ക് യാതൊന്നും ചെയ്യാൻ വയ്യ ഒരു ജപവും ഇല്ല പൂജയും ഇല്ല യാതൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോ യഥാ ഭഗവാന്റെ കൃപ എപ്പോഴാണോ ഒരു ഭക്തന്റെ മേലെ വീഴുന്നത് അപ്പോ അവന് ഭഗവാൻ സത്സംഗം കൊടുക്കണമെന്നാണ് ഭവാപവർഗോ ഭ്രമത്തോ യഥാഭവേത് ജനസ്യതർഹി അച്യുത സത്സമാഗമ സത്സംഗമോയർഹി തദൈവ സദ്ഗതൗ പരാവരേശേ ത്വയ് ജായത്തെ മതിഹി എപ്പോ സത്സംഗം ഉണ്ടാവണോ അപ്പോ നമുക്ക് ഭഗവാനിൽ ഹൃദയം നിൽക്കും ഇപ്പൊ ഗുരുവായൂരപ്പൻ മാഹാത്മ്യ പ്രഭാഷണത്തിന്റെ മാഹാത്മ്യ ദിവസം നമുക്ക് തന്നെ ഗുരുവായൂരപ്പന്റെ സ്വഭാവം കാണിച്ചിരിക്കണം ഗുരുവായൂരപ്പന് തനിച്ചിരിക്കാനേ ഇഷ്ടമല്ല സാധുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ഭക്തന്മാര് വന്നുകൊണ്ടേയിരിക്കണം ഇവിടെ നമുക്ക് ഇന്ന് ഈ മാഹാത്മ്യ സന്ദർഭത്തിൽ തന്നെ രണ്ടു ഭക്തന്മാരെ ഗുരുവായൂരപ്പൻ ഇവിടെ കൊണ്ടുവന്ന് തന്നിരിക്കണം ഈ മാഹാത്മ്യത്തിനും യാതൊരു ഗതിയും കിട്ടാതെ അതിദുരാചാരിയായിട്ടുള്ളവരാണ് അഭിചേത്ത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക്്യവസിതോഹി സഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു അഭിജേത്സു ദുരാചാര പരമദുരാചാരിയാണെങ്കിൽ പോലും എന്നെ ഭജിക്കുകയാണെങ്കിൽ അവനെ സാധുവായിട്ട് കണക്കാക്കണം ഇവിടെ ഈ മഹാത്മ്യത്തിലുള്ള ദുരാചാരിയായ ഒരാള് അയാള് ഭജിച്ചൊന്നുമില്ല പ്രേതമായിട്ട് പോയി ദുരാചാരം കൊണ്ട് എന്നിട്ടും ദുർമരണം കൊണ്ട് പ്രേതമായി അലഞ്ഞിട്ടും ഒരു ഭക്തന്റെ സമാഗമം കൊണ്ട് ഗോകർണൻ എന്ന ഭക്തൻ ഭാഗവതം പറഞ്ഞ് കേൾപ്പിച്ച് ആ പ്രേതം വിമുഖതമായി തീർന്നു ശ്രവണം കൊണ്ട് ഉത്തമ അധികാരിയാണ് ഈ പ്രേതം ഒറ്റ ശ്രവണം ഒരു പ്രാവശ്യം ശ്രവണം കൊണ്ട് ആ പ്രേതം ഭഗവത് പ്രാപ്തി നേടി എന്നാണെന്ന് അപ്പൊ ബാക്കിയുള്ള ഭക്തന്മാരൊക്കെ ചോദിച്ചു ഞങ്ങളും കേട്ടുവല്ലോ ഞങ്ങൾക്ക് എന്താ കിട്ടാത്ത എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ പ്രേതം ശ്രദ്ധിച്ച് കേട്ട പോലെ ബാക്കിയുള്ള ഭക്തന്മാരൊന്നും കേട്ടില്ല ാൽ എന്താ അർത്ഥം പ്രേതമാണെങ്കിൽ പോലും ഭക്തിയോടെ കൂടെ കേൾക്കുകയാണെങ്കിൽ വിമുക്തി ഇപ്പോ തിരുമേനി പറഞ്ഞു അതിലംഘിത മര്യാദ എല്ലാ മര്യാദയും ലംഘിച്ച ആളാണെങ്കിൽ പോലും എത്ര ദുരാചാരിയാണെങ്കിൽ പോലും ഭക്തനാണോ വിമുക്തിയുണ്ട് എന്താ ഭക്തന്റെ സീക്രട്ട് എന്താ രഹസ്യം എന്ന് വെച്ചാൽ ഭഗവാനോടുള്ള നിത്യസംബന്ധത്തിനെ അംഗീകരിക്കണം നമുക്ക് ലോകത്തിലെ ഒരു വസ്തുവിനോടും സംബന്ധമില്ല ഭഗവാനോട് ഒരിക്കലും സംബന്ധ വിച്ഛേദമേ ഉണ്ടായിട്ടില്ല എന്താ മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന ഭഗവാനോട് സനാതനമായ സംബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ആ സംബന്ധത്തിനെ അംഗീകരിക്കുന്നത് ഭക്തിയാണല്ലോ ഭഗവാനോട് എനിക്ക് സംബന്ധമുണ്ട് എനിക്ക് സംബന്ധം അതാണ് പിങ്കള ഭാഗവതത്തിൽ പറയണത് സംബന്ധമില്ലാത്തവരോടൊക്കെ ഞാൻ ഇത്ര കാലം വെച്ചു ആരോടാണോ എനിക്ക് നിത്യസംബന്ധമുള്ളത് അയാളെപ്പോഴും എന്റെ കൂടെ ഉണ്ട് ഞാൻ അറിഞ്ഞില്ല സന്തം സമീപേരമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമതം ദുഃഖ ഭയാതി ശോക മോഹപ്രദം തുച്ഛമഹം ഭജ്ഞ അടുത്തുള്ള ഭഗവാനെ വിട്ടിട്ട് ഭഗവാനോടുള്ള സംബന്ധത്തിനെ വിട്ടിട്ട് മറ്റു പല വസ്തുക്കളോടും സംബന്ധം വെച്ചുവല്ലോ നമുക്കൊന്നും ആ ദൂഷ്യമില്ല എന്താന്ന് വെച്ചാൽ എത്രയോ വിഷമങ്ങളുടെ നടുവിൽ അതൊക്കെ വിട്ടിട്ട് കൂടെ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടല്ലോ അല്ലെ ആ സംബന്ധത്തിനെ നമ്മൾ ഭഗവാനോടുള്ള സംബന്ധത്തിനെ അംഗീകരിച്ചിരിക്കണമെന്ന് അർത്ഥം ഇനിയിപ്പോ നമ്മൾ അംഗീകരിച്ചാൽ അംഗീകരിക്കാനേ നമുക്ക് പറ്റുള്ളൂ പക്ഷെ ഭക്തി തരിക എന്നുള്ളത് ഭഗവാന്റെ കയ്യിലാണ് ഭക്തി തരുക ഭക്തി എന്താണ് ഭഗവാന്റെ അനുഭവം പ്രേമമാണ് ഭക്തി പ്രിയം ഭഗവാൻ തരണം ആ അനുഭവം ഭഗവാൻ തന്നെ തരണം തിരുമേനി ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ മള്ളിയൂർ ചെന്നിരിക്കുമ്പോ രാത്രിയൊക്കെ എന്നെ വിളിച്ച് ചിലപ്പോ കഥ പറയിപ്പിക്കും ഒരിക്കൽ ഏറ്റുമാനൂരപ്പന്റെ മുമ്പില് ശിവാനന്ദ ലഹരി പറഞ്ഞു രാത്രിയായാ അവിടെ ചെന്ന് ആ കഥയൊക്കെ പറഞ്ഞു ഒപ്പിക്കും എന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ പറയും അപ്പൊ ഇത്രയധികം രസിച്ച് കേൾക്കണ ആളുണ്ടാവില്ലേ രസിച്ച് കേൾക്കും ചിലതൊക്കെ ചില കഥയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൈകോട്ടി ആസ്വദിക്കും അപ്പോൾ എനിക്ക് പറഞ്ഞു കഥാശ്രവണം കൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ ഭാവാാവേശം വരും ആ ഭാവേശം ഉണ്ടാവണം ഭാവം എന്താണ് ജീവന് ഭഗവാനോട് സംബന്ധം ഉണ്ടാവുമ്പോ ഭാവം ഉണ്ടാവും നദി ഒരു ഉദാഹരണം പറയാം ഈ സുനാമി വന്ന സമയത്ത് മദ്രാസിലെ ഒരു ഭക്തൻ ഒരാള് എന്നോട് പറഞ്ഞു അദ്ദേഹം ഓഫീസിൽ പോവുകയാണ് എന്താ കാര്യം എന്ന് പറഞ്ഞില്ല കുറെ ആളുകൾ പാലത്തിന്റെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് നോക്കണം അദ്ദേഹം കാറി നിർത്തിയിട്ട് അവരോട് ചോദിച്ചു എന്താ നോക്കണം ചോദിച്ചു അവർ പറഞ്ഞു മനസ്സിലായില്ല ഇപ്പോ ഈ അടയാർ റിവർ അടയാർ നദി സമുദ്രത്തിൽ പോയി ചേരുന്നതാണ് ആ സ്ഥലം അടയാറിൽ ആ അടയാർ നദി നേരെ എതിർവശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണോന്ന് വന്ന വഴിക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്താ പിടികിട്ടില്ല എന്താന്ന് വെച്ചാൽ സമുദ്രം ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ നദിയുടെ ഉള്ളിലേക്ക് സമുദ്രം കയറിട്ട് നദി നദിയുടെ ആകാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സമുദ്രമായി മാറിയിരിക്കണം കാണാൻ നദിയാണ് പക്ഷെ വെള്ളം എടുത്ത് കുടിച്ചു നോക്കിയാൽ സമുദ്രജലമാണ് പുറമേക്ക് നദി പക്ഷേ ഉള്ളത് വെള്ളം ഉള്ളത് സമുദ്രം അതേപോലെ പുറമേക്ക് ആകാരത്തിൽ മനുഷ്യ ശരീരം പക്ഷെ ആ അനന്തമായ ഭഗവാൻ ഇങ്ങടയ്ക്ക് അടിച്ചു കയറുകയാണ് ഈ ജീവൻ അങ്ങോട്ട് പോകണതിന് പകരം ഭഗവാൻ ഇങ്ങടയ്ക്ക് അടിച്ചു അതാണ് ഭാവാവേശം സമുദ്രം നദിയിലേക്ക് കയറുന്ന പോലെ ഭഗവാന്റെ കൃപ ജീവനിലേക്ക് വീഴുമ്പോ ഉണ്ടാവുന്ന അനുഭവം അത് ഭഗവത് കഥാശ്രവണം കൊണ്ട് സ്മരന്താ സ്മാരയന്തശ്ശ മിഥോ അഘൗഗഹരം ഹരിം ഭക്ത സഞ്ജാതയാ ഭക്യാ വിഭ്രത്യുപ്പുളക്കാം തനും അതിനാണ് ഭാഗവത ശ്രവണം നമുക്കിന്ന് ഈ മഹാത്മ്യ പാരായണം പ്രഭാഷണം മഹാത്മ്യ ശ്രവണം സമ്പൂർണ്ണമായിരിക്കുന്നു തിരുമേനി നമ്മളെ വന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് തിരുമേനിക്ക് ഇന്ന് രാത്രി തന്നെ തിരിച്ച് മള്ളിയൂരെത്തണം ഇനി കൂടുതൽ അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചിരുത്തരുത് അതുകൊണ്ട് നമസ്കാരപൂർവം നമ്മൾ ഇപ്പോൾ ആരത്തി കാണിച്ചുകൊണ്ട് ഇവിടെ പൂർത്തി ചെയ്യാം അദ്ദേഹത്തിന് അങ്ങോട്ട് കടക്കാൻ അനുവദിക്കണം തിരക്ക് കൂട്ടരുത് നമ്മള് കണ്ടുകഴിഞ്ഞു ഇത്രയും ആളുകൾ അടുത്തു വന്നാലും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തിരക്ക് കൂട്ടരുത് എല്ലാവരും ദൂരെത്തുനിന്ന് കണ്ടുകഴിഞ്ഞു തിരുമനിക്ക് പോയി വള്ളിയൂരെത്തണംന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കാം ഇനിയും മൂന്ന് മണിക്കൂറിൽ കൂടുതലാവും അവിടെ എത്താൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം